सर्वत्र गोविंदा, ീർത്തന മേ അകുചിത് ഭയം അച്യുത പാദുജോസനം അത്ര നിത് ഉദ്വിനബുദ്ധേരസാത്മഭാവാ വിശ്വാത്മനത്തെ ഭീ ഭഗവത പ്രോക്തയാത്മലബ്ധേ അഞ്ജപുസവിദുഷാ വിദ്ധി ഭാഗവത യാ രാജ പ്രേതകർ ചിത് ധാവൻ നിമീല്യേത്രേ നഖലേത് ഭാഗവത് ധർമ്മത്തിനെ ഉപന്യസിക്കുകയാണ് ഓരോ യോഗികളായിട്ട് നമുക്ക് സംസാരത്തിലുള്ള ദുഃഖത്തിന് മൂല കാരണം അജ്ഞാനമാണ് അജ്ഞാനത്താൽ അഹങ്കാരം ഉദിക്കുന്നു അഹങ്കാരമുണ്ടെങ്കിൽ ഭയം ഉണ്ട് ഇവിടെ നിമിചക്രവർത്തി ചോദിച്ചു ഭയം എങ്ങനെ അകലും എത്രകാലം ഞാൻ അസത്തായിട്ടുള്ള വസ്തുക്കളെ ആത്മാവെന്ന് കരുതുന്നു അത്ര ഭയം വിട്ടുപോകില്ല അതാണ് ആദ്യമേ ഉള്ള ഉത്തരം മന്യേ അകുതശ്ചിത് ഭയം അച്യുതാധ അംബുജോപാസനം അത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേ അസദ് ആത്മഭാവാത്ത് വിശ്വാത്മനായ അസദ് ആത്മഭാവാത് ഞാൻ അല്ലാത്തതിനെ ഞാൻ എന്ന് കരുതുന്നു ഒരാൾക്ക് ഒരു ദിവസം എന്തോ സന്തോഷവർത്തമാനം എല്ലർക്കും ചോക്ലേറ്റ് കൊടുത്തു അപ്പൊ അയാളോട് ചോദിച്ചു എന്തിനാ എന്ത് സന്തോഷ വർത്തമാനത്തിനപ്പോ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കണത് നമുക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കും എന്തിനാ ചോക്ലേറ്റ് കൊടുക്കണത് അയാൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാറ് വാങ്ങിച്ചു ആ കാറ് വാങ്ങിച്ചപ്പോ നിങ്ങൾ എല്ലാവർക്കും ചോക്ലേറ്റ് തന്നുവല്ലോ ഇപ്പഴെന്തിനാ അതല്ല ഇന്നലെ ആ കാർ ആരോ കട്ടുകൊണ്ടുപോയി അപ്പൊ ഈ സന്തോഷ വർത്തമാനത്തിനാണ് ഇപ്പൊ എല്ലാവർക്കും ചോക്ലേറ്റ് കാറ് കെട്ടുകൊണ്ടുപോയാൽ സന്തോഷ വർത്തമാനമോ അതെ കാറ് മാത്രമല്ലേ കട്ടുകൊണ്ടുപോയുള്ളൂ കാറിന്റെ ഉള്ളിൽ ഞാനുണ്ടായിരുന്നുവെങ്കിൽ ഞാനും പോയിട്ടുണ്ടാവുമല്ലോ എന്നാണ് അപ്പൊ ഇയാളെ എല്ലാരും വിഡ്ഢിന്ന് വിളിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എത്ര എനിക്ക് കാറേ പോയുള്ളൂ നിങ്ങൾക്ക് ആളെ പോയി എന്നാണ് കാറ് പോയാൽ പോട്ടെ കാറിന്റെ ഉള്ളിലുള്ള ആളെ നഷ്ടപ്പെട്ടിരിക്കും എന്താ അർത്ഥം ശരീരമാണ് കാറ് ഈ കാറിനകത്ത് യാത്ര ചെയ്യുന്ന യാത്രികനാണ് ഞാൻ നമുക്ക് കാറിനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കാറിന്റെ ഉള്ളിലുള്ള ആളിനെ നഷ്ടപ്പെട്ടു പുറമേക്കുള്ള കാറിൽ മാത്രം ശ്രദ്ധ അതാണ് അസദ് ആത്മഭാവം എന്ന് പറഞ്ഞു സത്തിനെ അറിയാതെ അസത്തിനെ ആത്മാവ് എന്ന് കരുതി അതുകൊണ്ട് എന്തായി ഭയം ഭയം വിട്ടുപോകുകയേ ഇല്ല നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ അറിയാം ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ശരീരമാണ് അതിന് കാരണം ശരീരം ഞാനാണെങ്കിൽ ഭയമുണ്ട് സ്വാമി വിവേകാനന്ദൻ ഋഷികേശില് ഗംഗയുടെ കരയിൽ ഇരിക്കുകയായിരുന്നു അക്കരയിൽ മെലിഞ്ഞ് മഹാതപസ്വിയായ ഒരു സാധു ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികളും അദ്ദേഹത്തിന്റെ ഒരു ഗുരുബായി രാമകൃഷ്ണ പരമഹംസരുടെ മറ്റൊരു ശിഷ്യനും കൂടെ ഇവിടെയിരിക്കുന്നു അന്നൊക്കെ ഋഷികേശില് കാടാണ് അക്കരയ്ക്ക് കാട്ടിൽ നിന്നൊരു പുലി ഇവരുടെ കൺമുമ്പിൽ വെച്ച് ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സാധുവിനെ ആക്രമിച്ച് കടിച്ചു കടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോ ഈ സാധു പുലിയുടെ വായിൽ കിടക്കുമ്പോ ഉറൊക്കെ പറയുന്നു അത്രേ ശിവോഹം ശിവോഹം ചിദാനന്ദ രൂപ ശിവോഹം പറയാൻ പറ്റുമോ കൊതുക് കടിച്ചാ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ കൊതുക് കടിച്ചാ പറയാൻ പറ്റില്ല പുലി കടിച്ചു വലിക്കുമ്പോ പറയുന്നു എന്താ ഈ ശരീരം ഞാനല്ല എന്നുള്ള ബോധം അത്രയധികം ദൃഢം ഈ ദേഹം ഞാനല്ല ഞാൻ ചിദാനന്ദരൂപമായ ആത്മാവാണ് ശിവമാണ് ഈ ശരീരം ഞാനല്ല ശവമല്ല ശിവമാണ് എന്ന് ഉറപ്പുവന്നിരിക്കുന്നു അപ്പോ ഈ അസദാത്മഭാവം വിട്ടുപോയിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ദേഹവും ദേഹിയും വേറെ എന്ന് നല്ലവണ്ണം തെളിഞ്ഞു പക്ഷേ അങ്ങനെ തെളിയാത്ത ആളുകൾക്ക് ശരീരം ഞാനെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പോലെയുള്ള ജീവന്മാർക്ക് എന്താണ് വഴി ഭട്ടതിരി പറഞ്ഞു ഗുരുവായൂരപ്പ അങ്ങയ്ക്കും എനിക്കും യാതൊരു ഭേദമല്ല വാസ്തവത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്ന് തന്നെ യാഥാർത്ഥ്യ ത്വന്മയേവ ഹിമമനവിഭോ വസ്തു ബന്ധമോക്ഷൗ മാ തനുഭ്യം തവതു വിരചിതൗ സ്വപ്നബോധോപമൗതൗ ബദ്ദേ ജീവദ്മുക്തിജഭിത താവതി താവുക്തേ ദേഹദ്രുമസ്ഥ സാപരോ നിർവ്യഥാത്മാ യാഥാർത്ഥ്യാത്വന്മയേവ ഹി മമ ഞാൻ വേറെയല്ല അങ് വേറെയല്ല അങ്ങും ഞാനും ഒരേ വസ്തു തന്നെ ഇതറിയുമ്പോ ന വസ്തുത ബന്ധമോക്ഷവും വാസ്തവത്തിൽ ബന്ധവും ഇല്ല മോക്ഷവും ഇല്ല ബന്ധം സ്വപ്നം പോലെയാണ് സ്വപ്നത്തിൽ പെട്ടുകിടക്കുമ്പോൾ മലയുടെ മുകളിൽ കയറിയതായിട്ടും തിരിച്ചിറങ്ങാൻ ഒരു വഴിയും കാണാത്തതായിട്ടും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു മെനക്കെട്ട് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എവിടെയോ കാൽ തെറ്റി വീണു വീണപ്പോ കട്ടിലിൽ നിന്ന് ചുവട്ടിലേക്ക് വീണു അപ്പോ എണീറ്റു മലയുടെ മുകളിൽ കയറിയിട്ടില്ല വിഷമിച്ചിട്ടില്ല ഒന്നുമില്ല ഇതുപോലെ സംസാര ബന്ധനം എന്നുള്ളത് ഒരു സ്വപ്നം മായാ വിദ്യ മായ കൊണ്ട് ബന്ധമുള്ള പോലെയും വിദ്യകൊണ്ട് മോക്ഷം സിദ്ധിച്ച പോലെയും തോന്നുന്നു ഇതെങ്ങനെയാ സ്വപ്ന ബോധോപമൗതൗ സ്വപ്നവും സ്വപ്നം വിട്ടു ഉണരുന്നതുപോലെയാണെന്നാ നാരായണീയമാണ് സ്വപ്ന ബോധോപമൗതൗ ജീവദ്വിമുക്തി ഗതവധിച്ച വിധാ താവതി എന്താ ജീവനും ബ്രഹ്മത്തിനും എന്താ വ്യത്യാസം ഒരു മരം ആ രണ്ടു പക്ഷികൾ ഇരിക്കുന്നു ആദ്യം ഒരു പക്ഷിയേ ഉണ്ടായിരുന്നുള്ളൂ ആ പക്ഷി സ്വർണവർണത്തിൽ ജോലിക്കും ആ പക്ഷിയിൽ നിന്നും മറ്റൊരു പക്ഷി പിരിഞ്ഞു വന്നു പിരിഞ്ഞപ്പോ തന്നെ രണ്ടു പക്ഷികളും ഒരേപോലെ ഒരു പക്ഷിക്ക് അല്പം കുറവ് ആ പക്ഷി മുമ്പിലിരിക്കുന്ന ഒരു പഴത്തിനെ തിന്നു പഴം കടിച്ചപ്പോൾ നല്ല സ്വാദ് അപ്പൊ പതുക്കെ മുകളിലത്തെ കൊമ്പിൽ നിന്നും ചുവട്ടിലേക്ക് ഇറങ്ങി ചുവട്ടിൽ മറ്റൊരു പഴം കൂടെ കഴിച്ചു അപ്പൊ കുറച്ചുകൂടെ ചുവട്ടിൽ ഇറങ്ങി ഇറങ്ങുംതോറും ഇതിന്റെ കളറും മങ്ങി മങ്ങി മങ്ങി വരുന്നു മുകളിലിരിക്കുന്ന പക്ഷിയോ അനങ്ങുന്നില്ല അത് പഴവും തിന്നുന്നില്ല ശാന്തമായിട്ടിരിക്കുന്നു ഇത് പഴം തിന്നുന്നു പിപ്പലം പഴം തിന്നുന്നു പുളിച്ച പഴം തിന്നു കുറെ മധുര പഴം തിന്നപ്പോഴാണ് ഇറങ്ങി വന്നത് അപ്പോ ഒരു പഴം പുളിച്ചു പുളിച്ചപ്പോ മേലോട്ടു നോക്കി മധുരഫലം തിന്നുമ്പോ മേലോട്ട് നോക്കിയില്ല ഒരു പുളിച്ച പഴം കിട്ടിയപ്പോ മേലോട്ട് നോക്കി മേലോട്ട് നോക്കിയതും മുകളിലുള്ള പക്ഷിയുണ്ടല്ലോ നാപരോ നിർവ്യഥാത്മാ അത് യാതൊരു വ്യഥയും കൂടാതെ ജുഷ്ടം യഥാ പശ്യത്തി അന്യം ഈശം തസ്യ മഹിമാനം ഇത് ബീതശോക്ക ആ പക്ഷി പുളിക്കുന്ന പഴവും തിന്നുന്നില്ല മധുരിക്കുന്ന ഫലവും തിന്നുന്നില്ല ശാന്തമായിട്ടിരിക്കുന്നു വീണ്ടും ഒരു പഴം കടിച്ചു നോക്കി അതും മധുരിച്ചു അപ്പോ വീണ്ടും ചോട്ടിലേക്ക് ഇറങ്ങി വീണ്ടും ഒരു പഴം കടിച്ചു നോക്കി പുളിച്ചു പുളിച്ചപ്പോ മേപ്പെട്ടു നോക്കി മേലെ നോക്കിയപ്പോ ആ പക്ഷി ശാന്തമായിട്ടിരിക്കുന്നു എത്രയധികം പുളിക്കുന്ന പഴം തിന്നുന്നുവോ അത്രയധികം മേലെയുള്ള പക്ഷിയെ നോക്കും എന്താ അർത്ഥം പക്ഷിയും രണ്ടല്ല ഒരേ പക്ഷിയാണ് പുളിക്കുന്ന പഴം കടിക്കും തോറും ഈ കറുത്ത പക്ഷി പതുക്കെ പതുക്കെ മേലെ പോകും മധുരിക്കുന്ന പഴം കടിച്ചാൽ ചുവട്ടിലേക്ക് വരും പുളിക്കുന്ന പഴം കടിച്ചാൽ മേലെ പോകും പുളിക്കുന്ന പഴം കടിച്ച് കൂടുതൽ കൂടുതൽ പുളിക്കുന്ന പഴം കിട്ടിയപ്പോ ഈ പഴം തിന്നുന്നതിൽ രുചി നശിച്ച് മേലെയുള്ള പക്ഷിയുടെ അടുത്തേക്ക് അടുത്തടുത്ത് അടുത്തടുത്ത് ചെന്ന് അവസാനം ആ പക്ഷിയുമായി ഐക്യം പ്രാപിച്ചു എന്നാണ് ഇത് ഉപനിഷത്ത് പറയുന്ന ഒരു ഉപാഖ്യാനമാണ് ുപർ സയുജാ സമാനം വൃക്ഷം പരിഷസ്വജാ തയോ അന്യലം സ്വാദു അതി അനശന്നോ അഭിജാഗീതി സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീഷയാോചതി മുഹ്യമാന ജുഷ്ടം യ പശ്യത്തി അന്യം ഈശം തയ്യമാനം വീതശോക ഉപനിഷത്പരേണ ഉപാഖ്യനമാൻ ഇതിൽ ഈ പുളിക്കുന്ന പഴം തിന്നുന്ന പക്ഷിയാണ് ജീവൻ പഴം തിന്നാതെ പക്ഷിയാണ് പരമാത്മാ പഴം തിന്നുക എന്ന് വെച്ചാൽ എന്താ ലോകസുഖങ്ങളെ അനുഭവിക്കാം സുഖം അനുഭവിക്കുമ്പോ ഭഗവാനെ മറക്കും ദുഃഖം അനുഭവിക്കുന്നതാണ് പുളിക്കുന്ന പഴം ദുഃഖം അനുഭവിക്കുമ്പോൾ ഭഗവാന്റെ നേരെ നോക്കും സുഖം അനുഭവിക്കുമ്പോ നോക്കില്ല സുഖം അനുഭവിക്കുമ്പോ മേലെ നോക്കില്ല മറന്നുകളയും ദുഃഖം അനുഭവിക്കുമ്പോ മേലെ നോക്കും അപ്പൊ ദുഃഖം നമ്മളെ ഭഗവാനോട് അടുപ്പിക്കണോ എന്നർത്ഥം ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഒരു ജീവന് ദുഃഖമുണ്ടാവുക അപ്പൊ ഈ പുളിക്കുന്ന പഴം കടിക്കും മേലെ മേലെ മേലെ മേലെ പോയി മേലെയുള്ള പക്ഷിയുമായി ഐക്യപ്രാപിച്ചു അതാണ് ഈ സംസാരവൃക്ഷത്തിൽ ഇരിക്കുന്ന രണ്ടു പക്ഷികൾ ഇവിടെ ഭട്ടതിരി പറയുന്നു ഏകോ ദേഹദ്രുമസ്ഥ വിഷയഫലരസാൻ ഭുങ്ക്തേനാപരോ നിർവ്യഥാത്മാ പക്ഷേ ഗുരുവായൂരപ്പ ജീവൻ മുക്തി ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും പിടികിട്ടണില്ലല്ലോ അതെവിടെയോ ഇരിക്കുന്നു ഞാനെവിടെയോ ഇരിക്കുന്നു ജീവൻ മുക്തത്വം ഏവം വിധമിതി വചസം ഫലം ദൂരദൂരെ तन्मे തന്നമ അശുദ്ധുദ്ധേഹനഘു മനസോധനം ഭക്തി തോന്നിയത് തന്മേ വിഷ്ണോ സകലപ്രാർപ്പണ ഭക്തിഭാരം ഏന മുചിത് ഗുരുവചനമോധസ്വദത്മാവൻമുക്ത ജീവൻമുക്തനാവണമെങ്കിൽ എന്തുവേണം ആത്മസാക്ഷാത്കാരം ഉണ്ടാവണം തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് അറിയണം മനസ്സ് നിശേഷം അടങ്ങണം വാസനാക്ഷയം ഉണ്ടാവണം പരിപൂർണമായ ആനന്ദം ഹൃദയത്തിൽ നിത്യനിരന്തരമായിട്ട് തീരണം എസ്തു ആത്മരത്തിലേവ സാദ് ആത്മതൃപ്തശമാനവ ആത്മനിയേവറ്റ സന്തുഷ്ട അത്തരത്തിൽ ഒരു പൂർണാനുഭവസ്ഥിതി ആ ജീവൻ മുക്തി എങ്ങനെ സാധിക്കും നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ആദ്യം അറിയണം എന്നിട്ട് വേണ്ടല്ലേ മുക്തി നമ്മയൊക്കെ ബന്ധിച്ച സാധനം കർമ്മമെന്നറിയണം കർമ്മം കർമ്മമാണ് ബന്ധിച്ചിരിക്കുന്നത് കർമ്മം എങ്ങനെ ബന്ധിച്ചു കർമ്മം ജഡമാണ് രമണ മഹർഷി ഉപദേശസാരത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കർത്തുരാജ്ഞയാ പ്രാപ്യത ഫലം കർമ്മക്കും പരം കർമ്മതജ്ജടം കർമ്മത്തിന് ബന്ധിക്കാനുള്ള ശക്തിയൊന്നുമില്ല പക്ഷേ ഈ കർമ്മം ചെയ്യുന്നവന്റെ സങ്കല്പമുണ്ടല്ലോ ആ സങ്കല്പമാണ് ബന്ധിക്കുന്നത് എനിക്ക് വേണം എന്നുള്ള ആഗ്രഹം ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം എന്ത് കർമ്മം ചെയ്താലും നമ്മളെ അറിയാതെ ഞാൻ ചെയ്യണു എന്നുള്ളത് പിടികൂടൂ ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മളെ ആരെങ്കിലുമൊക്കെ പുകഴ്ത്തുമ്പോഴോ പുകഴ്ത്തുമ്പോ ചിലപ്പോ അറിയില്ല നിന്ദിച്ചാലേ അറിയുള്ളൂ അപ്പോഴാണ് നമുക്ക് എത്രയധികം കർത്തൃത്വം എന്നുള്ളത് അറിയാം അഹം കർത്തേതി അഹംമാന മഹാകൃഷ്ണാഹി ദംശിത ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എനിക്ക് ഫലം വേണം അപ്പൊ എന്താ ഈ കർമ്മം ബന്ധിക്കുന്നു അപ്പോ ഈ കർമ്മത്തിൽ നിന്നും വിമുക്തി എങ്ങനെ ഉണ്ടാവും രണ്ടു വഴി ഒന്നിൽ ഈ കർമ്മം ചെയ്യുന്ന ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്തു നോക്കണം ഇത് ജ്ഞാനമാർഗം അത് നമ്മൾ രാവിലത്തെ പ്രഭാഷണത്തിൽ നോക്കും ഈ കർമ്മം ചെയ്യുന്ന ഞാൻ ആരാണ് ഞാൻ കർമ്മം ചെയ്യണു എന്നാണല്ലോ പറഞ്ഞത് ഈ കർമ്മം ചെയ്യുന്ന ഞാൻ ആരാണ് ദേഹമാണോ ഞാൻ ദേഹം ഞാനല്ല ഈ തുണി എന്റെയാണ് പക്ഷേ ഈ തുണി ഞാനല്ല ഈ മാല എന്റെയാണ് പക്ഷേ ഈ മാല ഞാനല്ല ഈ കൈ എന്റെയാണ് പക്ഷേ ഈ കൈ ഞാനല്ല കാല് എന്റെയാണ് പക്ഷേ ഈ കാല് ഞാനല്ല ഈ ദേഹം എന്റെയാണ് ആദ്യത്തെ അഭിമാനം പക്ഷേ ഈ ദേഹം ഞാനല്ല പിന്നെ ഞാൻ മനസ്സാണോ മനസ്സുമല്ല ബുദ്ധിയാണോ ബുദ്ധിയുമല്ല ആരാഞ്ഞ് ആരാഞ്ഞ് നോക്കിയാൽ രാമകൃഷ്ണ പരമഹംസർ പറയും വെങ്കായത്തിന്റെ ഉള്ളിയുടെ തോല് പൊളിക്കുന്ന പോലെയാണെന്നാണ് പൊളിച്ചു പൊളിച്ചു പൊളിച്ചു പൊളിച്ചു ഉള്ളിൽ പോവാം യു വിൽ നോട്ട് ഫൈൻഡ് ദി ഈഗോ ഡുവർഷിപ്പ് കർത്താവിനെ കാണാനില്ല ഉള്ളി തോല് പൊളിച്ചുകൊണ്ടേ അകമേക്ക് പോവാ എവിടെ ആളെ കാണാനില്ല അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോ കർത്താ ഭോക്ത ഇല്ല ഇത് വിചാരമാർഗം ജ്ഞാനമാർഗം എങ്ങനെയാണെങ്കിലും ഏത് മാർഗത്തിൽ പോയാലും അവസാനം ഈ അഹങ്കാരത്തിനെ ക്ഷയിപ്പിക്കണം നമ്മൾ എന്തു മാർഗം സ്വീകരിച്ചാലും രാജയോഗമോ ഭക്തിയോഗമോ ജ്ഞാനയോഗമോ എല്ലാത്തിന്റെയും ലക്ഷ്യം എന്താ അഹങ്കാര അഹങ്കാരനാശം ചെക്ക് പോസ്റ്റാണിത് ഈ ചെക്ക് പോസ്റ്റ് കിടക്കാതെ സാക്ഷാത്കാരവും ഉണ്ടാവില്ല ഒരാള് ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാളവണ്ടിയില് കാട്ടിലൂടെയും വേട്ടിലൂടെയും കുണ്ടിലും കുഴിയിലുമൊക്കെ ഓടിച്ചു അവസാനി ഓടിക്കുന്ന ആള് ഉറങ്ങിപ്പോയി കാളയ്ക്ക് ഒരു റൂട്ടേ അറിയുള്ളൂ നേരം വിളിച്ചാവുമ്പോ ചെക്ക് പോസ്റ്റിന് മുമ്പ് തന്നെ ഒന്ന് നിൽക്കണമെന്നാണ് എന്നുവെച്ചാൽ അത് രക്ഷപ്പെടാൻ വയ്യ എങ്ങനെ ചുറ്റിയാലും അവസാനം ഈ അഹങ്കാരത്തിനെ ക്ഷയിപ്പിക്കണം ഒരു ഭക്തൻ രമണ മഹർഷിയോട് ചോദിച്ചു വൈകുണ്ഠത്തിലേക്ക് പോവാം വിഷ്ണുവിനെ ഭക്തി ചെയ്താൽ വൈകുണ്ഠത്തിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും വൈകുണ്ഠത്തിൽ പോന്നാൽ പെരുമാൾ എപ്പോടി ഇരുപ്പർ പെരുമാൾ എന്നെ പണ്ണുവ വൈകുണ്ഠത്തിൽ പോയാൽ ഭഗവാൻ എന്ത് ചെയ്യും നമ്മളോട് എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു എന്ത് ചെയ്യും വൈകുണ്ഠത്തിൽ പോയാൽ ഭഗവാൻ അതുപോലെ ഇങ്ങനെ ഇരിക്കും ആദിശേഷങ്ങളിൽ ഇരിക്കുമായിരിക്കും നിങ്ങളോട് വളരെ പ്രിയം തോന്നിയാൽ ഭഗവാൻ നിങ്ങളെ അടുത്ത് വിളിക്കും അടുത്ത് വിളിച്ചിട്ട് നീ ആരാണെന്ന് വിചാരം ചെയ്തു നോക്കൂ ഞാൻ നിന്റെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നു കണ്ടുപിടിക്കൂ എന്ന് പറയും ഭഗവാൻ അവതരിച്ചപ്പോഴും തനിക്ക് ഇഷ്ടപ്പെട്ടവരോടൊക്കെ അതാ ചെയ്തത് അർജുനനോടും അതാ ചെയ്തത് ഉദ്ധവനോടും അതാ ചെയ്തത് ഗോപസ്ത്രീകളോടും അതാ ചെയ്തത് എന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടുപിടിക്കൂ നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മതൃക് കണ്ടുപിടിക്കൂ സാക്ഷാത്കരിക്കൂ നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാവും അപ്പോ ഭഗവാൻ നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് നമ്മൾ ആരാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് നമുക്ക് ഭഗവാൻ പ്രകാശിപ്പിച്ചു തരുന്നു ഭക്തിയാ ജീവാൻ യശാസ്മി തത്വ തോമാം തത്വ ജ്ഞാ വിശത്തെ തദനന്തരം ഭക്തികൊണ്ട് യാവാൻ ഞാൻ എത്രയുണ്ട് യഹ ച അസ്മ ഞാൻ എന്താണ് എന്ന് അറിയാൻ കഴിയും അറിഞ്ഞാലോ ആ തത്വജ്ഞാനത്തിനെയും കടന്ന സ്വരൂപാനുഭവത്തിൽ നയിക്കും അപ്പോ അഹംകാരം ക്ഷയിക്കും കർമ്മം ബന്ധിക്കില്ല കർമ്മം മൂന്ന് വിധത്തിലുണ്ട് ആഗാമി സഞ്ചിതം പ്രാരബ്ധം സാധാരണ ശാസ്ത്രം പഠിച്ചവർ പറയും ജ്ഞാനം ആഗാമിയും സഞ്ചിതവും പോകും പ്രാരബ്ധം അനുഭവിച്ചു തീർക്കണം ഇതൊരു ജനറൽ മെസ്സേജാണ് പക്ഷേ ജ്ഞാനികൾ ചോദിക്കുന്നത് ഒരു മൂന്ന് കല്യാണം കഴിച്ച ഒരാൾ മൂന്ന് സ്ത്രീകളെ അയാൾ മരിച്ചാൽ രണ്ടുപേരു മാത്രമേ വിധവയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവോ മൂന്ന് പേരും ഒരേ സമയത്ത് വിധവകളാവൂ അതേപോലെ ഈ അഹങ്കാരം നശിച്ചാൽ പ്രാരബ്ധവും അനുഭവിക്കാൻ ആളില്ല ശരീരം അനുഭവിക്കും പക്ഷെ അനുഭവിക്കുന്ന ജ്ഞാനിക്ക് താൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവമേയില്ല അതുകൊണ്ടും കർമ്മങ്ങളൊക്കെ അസ്തമിച്ചു പോകുന്നു ഇത് ജ്ഞാനമാർഗത്തിൽ വിചാരം ചെയ്യുന്നു ഭക്തിമാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യും ഭക്തിയിൽ ഭഗവാനെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെ നമുക്ക് ഭാഗവതധർമ്മത്തിനെ പറഞ്ഞു തോന്നും ഭാഗവതധർമ്മം എന്ന് വെച്ചാൽ തന്നെ എന്താ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരുന്ന് ഭക്തി ചെയ്യും അതാണ് ഭാഗവതധർമ്മം ഞങ്ങൾ സന്യാസമെടുക്കാം വീടൊക്കെ ഉപേക്ഷിച്ചു പോവാം ഇങ്ങനെയൊന്നും പുറപ്പെടേണ്ട എവിടെയിരിക്കുന്നുവോ എങ്ങനെയിരിക്കുന്നുവോ എന്ത് കർമ്മം ചെയ്യുന്നുവോ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഭക്തി ചെയ്യാം ഭക്തി ചെയ്യാന്ന് വെച്ചാലോ ഭഗവാന് ജ്ഞാന വിചാരം ഒരു മാർഗം ശരണാഗതി മറ്റൊരു മാർഗം ശരണാഗതി കായേന വാചാ മനസാ ഇന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ അനുസൃത സ്വഭാവാത് കരോതി സകലം പരസ്മൈനാരായണായ ഇതി സമർപ്പയേത് തത് ഇതാണ് ഭാഗവതധർമ്മം ഞാനൊന്നും ചെയ്യുന്നില്ല എല്ലാം ഭഗവാൻ ഈ ശരീരം ഭഗവാന്റെ ഈ മനസ്സ് ഭഗവാന്റെ ഞാൻ തന്നെ ഭഗവാന്റെ ഭഗവാനെ ശരീരത്തിനെ അർപ്പിച്ചു മനസ്സിനെയും ഭഗവാന് കൊടുത്തു ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമി പറയുന്നു അങ്ങക്ക് ഞാൻ എന്തു തരും എല്ലാം അങ്ങയുടെ അടുത്തുണ്ട് പക്ഷെ ഒരേ ഒരു സാധനം തരാം എന്റെ മനസ്സ് ഭവതുഭവതർത്ഥം മമ മനഹ എന്നാണ് എന്റെ മനസ്സിനെ അങ്ങട്ട് തരാം ഇതിന്റെ ചുമതല ഇപ്പൊ അങ്ങക്കാണ് റെസ്പോൺസിബിലിറ്റി അങ്ങയ്ക്കാണ് എന്റെ മനസ്സിനെ അങ്ങയുടെ പാദത്തിൽ അർപ്പിച്ചു അപ്പൊ എന്താ കർത്തൃത്വം അതോടെ ഇല്ലാതായിട്ട് തരും ഞാൻ കർത്ത ഞാൻ ഭോക്ത എന്നുള്ളത് പോയി ഭഗവാൻ മാത്രം അവശേഷിക്കും ഇതിനു പേരാണ് ഭാഗവതധർമ്മം അപ്പൊ എന്താ ഞാനില്ല ഞാൻ എന്നുള്ള അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് ഈശ്വരൻ മാത്രം ഭഗവാൻ മാത്രം ഇതാണ് സന്യാസമേ അത് സന്യാസം പേടിക്കേണ്ട ഉപേക്ഷിക്കുന്ന സന്യാസമല്ല എല്ലാത്തിന്റെയും നടുവിലിരുന്നുകൊണ്ടും യാതൊന്നുകൊണ്ടും ബന്ധപ്പെടാതെ ഇരിക്കുന്ന സന്യാസം ഇത്രയോ ഭക്തന്മാർ അങ്ങനെ ജീവിച്ചു കാണിച്ചു എന്ത് കർമ്മവും പൂജയായിട്ട് തീരും ഏകനാഥ് സ്വാമി അദ്ദേഹത്തിന്റെ ഭാഗവത വ്യാഖ്യാനത്തില് പറയുന്നു വീട് മുഴുവൻ അടിച്ചു കുപ്പയൊക്കെ കൊണ്ടുപോയി പുറമേ കൊണ്ടുപോയിട്ട് വിട്ടലിന അർപ്പണം നാരായണ അർപ്പണം എന്ന് പറഞ്ഞ് കളഞ്ഞാൽ ആ അടിച്ചുതെളി പൂജയായിട്ട് തീരും എന്നുവെച്ചാൽ അതും നാരായണ അർപ്പണം അതും ഭഗവാൻ അർപ്പണം ഞാൻ ഒന്നും പ്രത്യേക ഒരു ജോലിയുമില്ല എന്തു ജോലിയും ഭഗവാൻ അർപ്പണം എന്നാണ് ഏത് ജോലി ചെയ്യുമ്പോ മനസ്സ് ചലിക്കാതിരിക്കുന്നു ശാന്തമായിട്ടിരിക്കുന്നു അത് പൂജയായിട്ട് തീരും അങ്ങനെ ഭഗവാൻ അർപ്പിക്കുക എന്നാണ് ഭഗവാനോട് ഒരു ബന്ധം വരണമല്ലോ അല്ലാതെ എങ്ങനെ ഭഗവാൻ അർപ്പിക്കും ഭഗവാൻ അർപ്പിക്കണം അർപ്പിക്കണം ഭക്തി വരണം ഭഗവാനോട് എങ്ങനെ ബന്ധം വരും ഭഗവാൻ എന്ന ഭാവം വരണം ഭഗവാനോട് പ്രേമം ഏർപ്പെടണം ഭക്തി വരണം അതെങ്ങനെ സാധ്യമാകും ശൃണ്ൻ സുഭദ്രാണി രതംഗപാണേ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാ നിമാനി തദർത്ഥകാനി ായലജ്ജോ വിചരേത സവ്രതസ്വയനാമ കീർ ജാതെ ദ്രുതചിത്തുചൈ ഹോ റോദിതിരൗതി ഗായതി ഉന്മാദവ നൃത്യതി ലോകബാഹ്യ ം വാമിം മഹി ച ജ്യോതിഷി സത് ദിശോദ്രുമാദീൻ സരിത് സമുദ്രംശേ ശരീരം യത്കിജൂതും പ്രണമേത ഭവോ വിരക്തി അന്യത്ര ജൈഷ ത്രികേകാള പ്രപദ്മാനസയ സ്യുഷ്ടി പുഷ്ടിശുത പയോനുഘാസം ുദ്രിം ഭജതോനു വൃത്ത ഭക്തിർവിരക്തിർഭവത് പ്രബോധി വൈ ഭാഗവത രാജൻ തത പരാൈതി സക്ഷാത് ഭാഗവത ചര്യാ എങ്ങനെ ഭഗവാനെ ഭജിക്കും ഭക്തി എങ്ങനെ ഉണ്ടാവണം ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞു ഭഗവത്പ്രാപ്തിക്കുള്ള അനേക മാർഗങ്ങളിൽ എനിക്ക് ഭക്തിയോട് രുചി അനേകമാർഗങ്ങളുണ്ട് എനിക്ക് രുചി ഭക്തിയോടാണ് ആ ഭക്തി എങ്ങനെ ഉണ്ടാവണം ശൃണ്വന് സുഭദ്രാണീ രഥാംഗപാണേഹം ജന്മാനീ കർമാണി ചാനീ ലോകേം ഭക്തിയിൽ ശ്രവണത്തിന് വളരെ പ്രാധാന്യം ഭഗവത്കഥകളെ കേൾക്കുന്നു ശൃണ്വന് ശ്രവണം ഭഗവത്കഥകളെ ഭഗവാന്റെ കഥകൾ മാത്രമല്ല ഭക്തന്മാരുടെ കഥകൾ ശൃണ്വന് സുഭദ്രാണി ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രമായിട്ടുള്ളത് ചെവികൾ കൊണ്ട് കേൾക്കണം എന്നാണ് നമുക്ക് ഭഗവാൻ രണ്ടു ദ്വാരം വെച്ച് തന്നിരിക്കും രണ്ടു ദ്വാരത്തിലൂടെയും ഉള്ളിലേക്ക് ഭഗവത് കഥകൾ ഇറങ്ങാനായിട്ടും ശുൺവന് സുഭദ്രാണിരഥാങ്കപാണി ചിലരൊക്കെ അവർക്ക് ശ്രവണമേ അവരുടെ ജീവിതധർമ്മം എത്ര കേട്ടാലും തൃപ്തി വരാതെ കേട്ടുകൊണ്ടിരിക്കും കഥാശ്രവണത്തിൽ എന്താ കേൾക്കുന്നത് ഭഗവാന്റെ ജന്മം കർമ്മം കൃഷ്ണകഥ രാമായണം രാമകഥ ഭക്തന്മാരുടെ കഥ ഭഗവാന്റെ കഥകളെക്കാളും എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രിയം ഭക്തന്മാരുടെ കഥയാണ് എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ കഥ നമുക്ക് യാതൊരു വിധത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാനോ നമുക്ക് ഭാവത്തിനോ ഒന്നും പറ്റില്ല സാധിക്കുവോ മലയെ പൊക്കി പിടിക്കാനും സാധിക്കില്ല കംസനെ വധിക്കാനും സാധിക്കില്ല ഒക്കെ ഇമ്പോസിബിളാണ് കണ്ട് ആശ്ചര്യപ്പെടാം അത്രയേ പറ്റുള്ളൂ ഭക്തന്മാരുടെ കഥ കേൾക്കുമ്പോ ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭക്തന്മാരുടെ ചരിത്രങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് സാധ്യമാണ് എന്നുള്ള തോന്നലുണ്ടാവും ഭഗവത് പ്രേമം നമ്മളുടെ ഉള്ളില് ഉദിക്കും ഭക്തിയുടെ രുചി നമുക്ക് ഭക്തന്മാരുടെ ചരിത്രം കേൾക്കുമ്പോ അതും ഭഗവാൻ എല്ലാവരുടെ രീതിയിലുള്ള ഭക്തന്മാരെയും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരു രീതിയിലുള്ള ഭക്തന്മാർ ബ്രാഹ്മണനായിട്ടുള്ള ഭക്തൻ ശൂദ്രനായിട്ടുള്ള ഭക്തൻ സ്ത്രീയായിട്ടുള്ള ഭക്ത ഗൃഹസ്ഥനായിട്ടുള്ള ഭക്തൻ സന്യാസിയായിട്ടുള്ള ഭക്തൻ എന്താന്ന് വെച്ചാൽ ആർക്കും ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് പറയാൻ പാടില്ല ചെറിയ കുട്ടികളായിട്ടുള്ള ഭക്തന്മാര് വയസ്സേഷം ഭക്തിമാർഗത്തിലേക്ക് വന്നവർ വാർദ്ധക്യകാലത്തിൽ ഞങ്ങൾക്ക് ഭക്തിമാർഗം പറ്റുവോ എന്ന് ചോദിക്കാൻ പാടില്ല അതിനു വേണ്ടി ഭഗവാനോട് ഭക്തി വന്നവർ എല്ലാ ഭക്തന്മാരെയും ഭഗവാൻ വെച്ചിട്ടുണ്ട് ഈ കഥകളൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട് പന്ത്രട്ടാമതി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇത് ഇങ്ങനെയൊക്കെ നടന്നുവോ അങ്ങനെ നടന്നുവോ എന്ന് ചോദിച്ചാൽ നമുക്ക് രസിക്കാൻ പറ്റില്ല വാസ്തവത്തിൽ എന്താ നടന്നത് ഇപ്പോൾ ഉള്ളതുപോലെതും നടക്കണമുണ്ടോ ഈ ലോകം ഇപ്പോ ഉണ്ടോ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല അപ്പോ ജന്മാനീ കർമ്മ ആണിച്ച് കഥകൾ ചരിത്രങ്ങൾ ഇത് കേട്ട് രുചിക്കുമ്പോൾ അതേപോലെ അവരെത്രയോ കീർത്തനങ്ങൾ രചിച്ചിരിക്കുന്നു ത്യാഗരാജസ്വാമികൾ എത്രയോ കീർത്തനങ്ങൾ രചിച്ചിരിക്കും കീർത്തനങ്ങളൊക്കെ നോക്കിയാൽ ഭക്തി എന്താണെന്ന് മനസ്സിലാവും ഭക്തി മറ്റൊന്നുമല്ല ഭഗവാനോടുള്ള സംവാദമാണ് ഭക്തി ത്യാഗരാജ കീർത്തനങ്ങൾ കണ്ടാൽ ഭഗവാനോട് ത്യാഗരാജസ്വാമികൾ വർത്തമാനം പറയുന്നു സംവാദം ചെയ്യുന്നു സംവാദം തന്റെ വിഷമങ്ങളൊക്കെ ഭഗവാനോട് പറയുന്നു നമ്മൾ പാടുമ്പോ കാണാ പാടം പഠിച്ചു പാടുന്ന സമയത്ത് നമുക്കതിന്റെ അർത്ഥമൊന്നും പ്രധാനമല്ല രാജാവ് ഒരു സന്ദർഭത്തിൽ ത്യാഗരാജസ്വാമികളെ സദസ്സിലേക്ക് വിളിച്ചു ശരഗോജി മഹാരാജാവ് സദസ്സിൽ വന്നു പാടണം വിളിക്കാൻ വന്നവർ പറഞ്ഞു രാജാവിനെ ഒരു കീർത്തനം പാടണം ത്യാഗരാജസ്വാമികൾ പറഞ്ഞു ഞാൻ അഹങ്കാരികളായ രാജാക്കന്മാരെ സ്തുതിക്കില്ല രാമന്റെ സദസ്സിലല്ലാതെ മറ്റൊരു സദസ്സിലും ഞാൻ പാടില്ല പോയില്ല സ്വാമികളുടെ ഏട്ടൻ ജൽപേഷൻ എന്നു പേര് അദ്ദേഹത്തിന് അദ്ദേഹം സ്വാമികളെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോ സ്വാമികളെ ഒരുപാട് ചീത്ത പറഞ്ഞു അത് കേട്ട് വളരെ വിഷമിച്ച് രാമനോട് ചെന്ന് ഇരുന്ന് പാടാണ് സ്വന്തം മനസ്സിനോട് തന്നെ ചോദിക്കുക മനസ്സെ നിനക്ക് ഇതൊക്കെ വേണോ രാജസദസ്സിൽ പോയാൽ പൊന്നാടെ അണിയിക്കും കഴുത്തിൽ മാല അണിയിക്കും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ത്യാഗരാജനെ സദസ്സിൽ കൂട്ടിക്കൊണ്ടുപോയി പാടി ഒരു വിളക്ക് കൊളുത്താൻ പറഞ്ഞു അത്രേ പാടി രാഗാലോപനത്തിലൂടെ ദീപം തെളിയിച്ചു എന്നൊരു കഥയുണ്ട് അപ്പൊ രാജാവ് തന്റെ കഴുത്തിലിരിക്കുന്ന ഒരു നെക്ലസ് എടുത്ത് ത്യാഗരാജന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു എല്ലാവരും വാഴ്ത്തി എല്ലാരും വാഴ്ത്തുമ്പോ പോലും സ്വാമികൾ തീവ്ര വൈരാഗ്യത്തോടുകൂടി അപ്പൊ പാടിയ കീർത്തനമാണ് ഭക്തി വിനാ സന്മാർഗമോ ഗളതേവോ മനസാ മനസ്സിനോട് ഇതിനൊക്കെയാണോ സംഗീതജ്ഞാനം ഞാൻ പോയിട്ട് ഇപ്പൊ കഴുത്തിൽ നെക്ലസ് വാങ്ങിച്ചുകൊണ്ട് വന്നു രാജാവ് എന്നെ പുകഴ്ത്തി എനിക്ക് ധാരാളം പണം സമ്മാനങ്ങളൊക്കെ തന്നു ഇതിനാണ് സംഗീതജ്ഞാനമാണെങ്കിൽ ഈ സംഗീതം എന്തിനു കൊള്ളും ആളുകളുടെ എന്റർടൈൻമെന്റ് എപ്പോഴും ആരൊക്കെ തലയാട്ടുന്നുണ്ടോ നോക്കിയിരിക്കും ഈ നിധിശാല സുഖമാർ ആമുനി സന്നിധി സേവാ സുഖമാം നിജമുഖബൽഗു മനസ്സാ മനസ്സിനോട് ചോദിക്ക മനസ്സേ ധാരാളം പണം കിട്ടും സദസ്സിൽ പോയി രാജ പാടിയാൽ അത് സുഖമാണോ അല്ല ഈ രാമസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പാടുന്നത് സുഖമോ ധാരാളം പണം കിട്ടിയാൽ ദതി നവനീതം ധാരാളം തൈര് പാല് വെണ്ണോ ഒക്കെ കൂട്ടി ഊണ് നല്ല കൊഴു കൊഴു കൊഴു കൊഴുന്ന് ഇരിക്കാം അത് വേണോ അതാ അഥവാ രാമനാമമാവുന്ന അമൃതമാസ്വദിക്കണോ അവിടെ ചെന്നാൽ എല്ലാരും മമതാ ബന്ധനയുത നരസ്തുതി സുഖമാം ആളുകളുടെ സ്തുതി നമുക്ക് വേണോ ഓരോരുത്തരും ഓരോന്ന് പറയും നരസ്തുതി വേണോ മനുഷ്യരെ സ്തുതിച്ചിട്ട് വേണോ മനസ്സേ വേണോ പറയൂ എന്ന് മനസ്സിനോട് ചോദിച്ചു ഇത് ഭക്തിമാർഗത്തിന്റെ ശിക്ഷണം നമുക്ക് കീർത്തനം എഴുതാൻ അറിയില്ലായിരിക്കാം പക്ഷെ നമുക്ക് ഭഗവാനോട് വർത്തമാനം പറയാൻ കീർത്തനമൊന്നും വേണ്ടാലോ പാട്ട് പാടണോ പാട്ടുപാടിയാലേ ഭഗവാൻ അറിയുള്ളൂ എന്നൊന്നുമില്ല നമ്മള് ഭഗവാനോട് സംവാദം ചെയ്യാൻ കീർത്തനം വേണ്ട ഏട്ടൻ ചീത്ത പറഞ്ഞു ചീട്ട ചീത്ത പറഞ്ഞപ്പോ ദാശരഥെ എന്നുള്ള കീർത്തനത്തിൽ ശ്രീരാമനോട് സ്വാമികൾ പറയുന്നു ഹേ ദാശരഥേ രാമ സുഗ്രീവനെ ഏട്ടന്റെ അടുത്തുനിന്ന് രക്ഷിച്ചില്ലേ ഞാനും ഒരു സുഗ്രീവൻ അല്ലേന്നാണ് നല്ല ഗ്രീവം കണ്ഠമുള്ളവൻ രണ്ടാർത്ഥം സുഗ്രീവൻ എന്നുവച്ചാൽ ഗ്രീവം എന്ന് വെച്ചാൽ കഴുത്ത് കണ്ഠമുള്ളവൻ ഞാനും ഒരു സുഗ്രീവൻ അല്ലേ എന്നെ എന്റെ ഏട്ടൻറെ അടുത്ത് രക്ഷിക്കാൻ പാടില്ലേ ഭട്ടതിരി നാരായണീയത്തിലും പറയുന്നു അദ്ദേഹത്തിന്റെ ഏട്ടനെക്കുറിച്ച് പാപോയം കൃഷ്ണരാമേതി അഭിലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം ഇവൻ മഹാപാവി കൃഷ്ണാരാമെന്ന് പറഞ്ഞ് തന്റെ ദുശ്ചരിത്രമൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് നാമം ജപിക്കുകയാണെന്ന് എന്നെ കുറിച്ച് നിന്ദിക്കണമല്ലോ രാമ എന്ന് കരു അപ്പോ ഭഗവാനോട് നമ്മൾ വർത്തമാനം പറയലും ഭഗവാൻ കേൾക്കുകയും ചെയ്യുമ്പോ അത് പ്രാർത്ഥന ഭഗവാൻ നമ്മളോട് വർത്തമാനം പറയലും നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അത് ധ്യാനം നമ്മൾ വർത്തമാനം പറയുമ്പോൾ അദ്ദേഹം മിണ്ടാതിരിക്കും അദ്ദേഹം വർത്തമാനം പറയുമ്പോ നമ്മള് വായടയ്ക്കും പേശാത കാര്യം പേശിനാൻ തോഴി ഒരു ഭക്തൻ പാടി ഏതൊക്കെ പറയാൻ പാടാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞപ്പോ എന്റെ വായ അടഞ്ഞുപോയി ഇനി എനിക്കൊന്നും മിണ്ടാകുന്നില്ല When you speak and he listens, it is prayer. When he starts speaking and you start listening, it is meditation. That's why it is meditation. In Bhagavad Gita, in the beginning of the day, Arjunan Vartamanam Paranu, Krishna. In the beginning of the day, Krishna Vartamanam Paranu, Arjunan Silent Eye. That's why Arjunan Tushni Babuva, Mindada Eye, Krishna Vartamanam Paranu, Krishna Vartamanam Paranu, If we tell you that, we tell you that Bhagavan Paranu, I tell you that. ം സെലക്കുണ്ട് അപ്പോ ഭഗവാനോടുള്ള സംവാദമാണ് ഭക്തി ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമികൾ നല്ല രസമായിട്ടൊരു ശ്ലോകം അനേക വിധത്തിലും പ്രാർത്ഥിച്ചു മല്ലികാർജ്ജുന ശിവൻ എന്നിട്ട് അവസാനം പരമേശ്വരനോട് പറയാണ് നദിബിർ പൂജാ വിധി ബിർ ധ്യാന സമാധിപിർണ തുഷ്ട ഹേ പരമേശ്വര ഞാൻ പൂജിച്ചു സ്തുതിച്ചു ധ്യാനം ചെയ്തു സമാധിസ്ഥിതിയിലിരുന്നിട്ടും സന്തോഷിച്ചില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാൾ അങ്ങേ കല്ലെടുത്തെറിഞ്ഞു ഒരു നയനാർ ഒരു ഭക്തൻ എന്ത് ചെയ്തു വെച്ചാൽ അയാൾക്ക് ശിവപൂജ ചെയ്യണം ജൈനനായിട്ട് വേഷം കെട്ടിപ്പോയി അദ്ദേഹം അപ്പൊ ശിവപൂജ ചെയ്യാതിരിക്കാൻ വയ്യ അപ്പൊ ശിവപൂജ ചെയ്താൽ ഇയാൾ ശിവഭക്തനാണെന്ന് കണ്ടാൽ ജൈനന്മാര് കൊല്ലും ആ ഒരു അവസ്ഥയാണ് അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും അത്ര ദിവസം ഒരു കല്ലെടുത്തിട്ട് ശിവലിംഗത്തിനെ നിന്ദിക്കുകയാണ് അത് അവർക്ക് ഇഷ്ടമാണ് നിന്ദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഉള്ളുകൊണ്ട് ശിവായ നമഹ ജപിച്ചു കല്ലെടുത്തെറിയും പുഷ്പമാണെന്ന് സങ്കല്പിച്ച് അപ്പൊ ആ കല്ലെടുത്തെറിഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് ആ ഭക്തനെ പരമേശ്വരൻ തന്റെ ഭക്തനായി സ്വീകരിച്ചു എത്രയും അപ്പൊ ആചാര്യ സ്വ വേറെ ഒരു ഭക്തനാരാ അർജുനൻ വില്ലടിച്ചു വേറെ ഒരു ഭക്തൻ ഇങ്ങനത്തെ ഭക്തന്മാരുണ്ട് അപ്പോ ശങ്കരാചാര്യസ്വാമി പറയാ ധ്യാനം പൂജ സമാധി ഇതുകൊണ്ടൊന്നും സന്തോഷിച്ചില്ലെങ്കിൽ ഇനി വേണമെങ്കിൽ ഞാൻ ഒലക്കിയോ വില്ലോ കല്ലോ ഒക്കെ എടുക്കാംന്നാണോ പ്രീതിശ്ചേ തഥാകരോമി ഇനി അടിച്ചാലേ സന്തോഷാവൂല്ലെങ്കി അടിക്കാനും തയ്യാറുണ്ട് ഭഗവാനേ അടിക്കാം എന്നാണോ പറയണം കല്ലെടുത്ത് അറിയണോ വില്ലുകൊണ്ട് അടിക്കണോ അടിക്കാം ഭക്തി നോതി അഹോ വനചരോ ഭക്താവതംസായ ഭക്തി എന്തി തന്നെ ചെയ്യില്ല കാട്ടാളൻ അയാൾക്ക് ശാസ്ത്രമറിയില്ല പാണ്ഡിത്യമില്ല മാർഗാവർത്തി പശുപത്തെ അംഗ്യ കൂർച്ചാ ഗണ്ഡൂഷാബുനിഷേചനം പുരരിപോ ദിവ്യഭിഷേകാ ഭക്ഷിത മാംസ ശേഷ കബളം നവ്യോപഹാരായ ഭക്തി നോത്തി അഹോ വനചരോ ഭക്താവതംസായ ഒരു കാട്ടാളൻ അവനൊരു വിദ്യാഭ്യാസമില്ല പാണ്ഡിത്യമില്ല വനചരൻ ഭക്തന്മാരിൽ ശിരോമണിയായിത്തീർന്നു കണ്ണപ്പനയനാർ അവൻ എന്തു ചെയ്തു എല്ലാവരെയും ശിവപൂജ ചെയ്യുന്നത് അവനും കണ്ടു അവന് ശിവപൂജ ചെയ്യണം എങ്ങനെ ചെയ്യണം അവൻ കണ്ടു സ്വാമിക്ക് തിന്നാൻ കൊടുക്കണം കുളിപ്പിക്കണം പൂവെക്കണം ഇത്രയേ അവനറിയുള്ളു ഇത് ചെയ്യുന്നത് കണ്ടു നമ്മൾ തിന്നുന്ന പോലെ സ്വാമിക്ക് തിന്നാൻ കൊടുക്കണം ഇവൻ എന്ത് തിന്നും എവിടെയോ പോയി മാംസം വെട്ടിക്കൊണ്ടുവന്നു ആദ്യം ശിവലിംഗത്തിനെ കുളിപ്പിക്കാൻ വായിൽ വെള്ളം കൊണ്ടുവന്നു വായിൽ ഗണ്ടുഷാംപു നിഷേചനം പുരരിപോഹോ ദിവ്യാഭിഷേകായ നോക്കണം ഇത് നമ്മൾ അങ്ങനെ പൂജ ചെയ്യണം എന്നല്ല അർത്ഥം പക്ഷേ പൂജക്ക് ഭാവമാണ് മുഖ്യം ഭാവം മുഖ്യം നാളെ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഒക്കെ വിപരീതമാണല്ലോ കുറച്ചു കാലം കഴിഞ്ഞാൽ അമ്പലത്തിൽ പൂജാരി ഒന്നും കിട്ടില്ല പക്ഷെ മെഷീൻ ഉണ്ടാക്കും പൂജ ചെയ്യുന്ന മെഷിൻ ഭംഗിയായിട്ട് മന്ത്രം ചൊല്ലും അർച്ചന ചെയ്യും ആചമനം ചെയ്യും ഒരു റോബോട്ട് പൂജാരിയായിട്ട് തന്നെ ഒരു റോബോട്ട് ഇരുന്നിട്ട് മണിയടിക്കും സ്വരം തെറ്റോ അത് മന്ത്രം ചൊല്ലും പക്ഷെ അത് പൂജയാവോ പൂജയാവോ ആ മെഷീന് ഭഗവാനും ഇല്ല താനും ഇല്ല ഭക്തിയും ഇല്ല ഒന്നുമില്ല അത് ജഡം അല്ലേ അപ്പൊ ജഡത്തിന് വെച്ച് ഭാവമില്ലാതെ പൂജ ചെയ്താലും പൂജയാവില്ല ഭാവത്തോടു കൂടെ വായിൽ കൊണ്ടുവന്ന വെള്ളം തൂപ്പിയാലും പൂജയായിത്തീരുന്നു എന്നാണ് ഇവന് ഭാവമുണ്ട് പരമേശ്വരന് പ്രിയം ഏർപ്പെട്ടത് കൊണ്ട് ഗണ്ഡൂഷാംബു നിഷേചനം വായിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അഭിഷേകം ഇതിന് പാത്രമൊന്നും ഉപയോഗിക്കുന്നില്ലേ കാട്ടാളന്മാരാണ് കുളത്തിൽ പോയി നാലുകാലിൽ നിന്ന് വെള്ളം കുടിക്കും അങ്ങനെയുള്ള ആള് അതേപോലെ വായിൽ വെള്ളം കൊണ്ടുവന്നു പുരരിപ്പോ ഹോ ദിവ്യാഭിഷേകായതേ തേച്ച് കുളിപ്പിക്കാം എന്തുകൊണ്ട് ഇവൻ കാലില് പലക കൊണ്ടോ മറ്റോ അല്ല തോലുകൊണ്ടോ ഒരു ചെരുപ്പം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് മാർഗാവർത്തിത പാതുക പശുപദേഹ അങ്കസ്യ ലിംഗത്തിൽ ഒരച്ച് തുടച്ചു ഗണ്ഡൂഷാംബു നിഷേചനം പുരരിപോഹോ ദിവ്യാഭിഷേകായ വായിൽ കൊണ്ടുവന്ന വെള്ളം അഭിഷേകം മാംസം നല്ല മാംസമാണോന്ന് കടിച്ചു നോക്കിയിട്ട് നിവേദിച്ചു അത്രേ കിഞ്ചിത് ഭക്ഷിത മാംസ ശേഷ കപളം നവ്യോപഹാരായ തേ നിവേദ്യമായിട്ട് തീർന്നു इंगे पर आराय जीवन मुक्त शिरोमणिय आदिशं भगवत् भक्ति करोती भक्ति एंूल अहो वनच भक्त भक्तन् शिरोमणी तीरुत अलंकार कालहस्ति कणपनार पूजित षेत्र അപ്പോ ഭക്തി ഭാവമാണ് ആ ഭക്തി എങ്ങനെ ഉണ്ടാകും ഇപ്പോ ഈ ഭക്തന്റെ കഥ നമ്മൾ കേൾക്കുന്നു കേൾക്കുമ്പോൾ എന്താ ആഹാ ഭഗവാൻ ആ ഭക്തനെ അനുഗ്രഹിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭാവം ഉണ്ടാവുന്നു നമുക്ക് ഭക്തിയിൽ രുചി അംഗങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നു ഭക്തിയെ ഭഗവാന് ശരീരത്തിനെ അർപ്പിക്കുന്നു ശരീരം കൊണ്ട് ഭഗവാന് പൂജ ചെയ്യുന്നു മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നു ബുദ്ധി കൊണ്ട് ഭഗവാനെ ചിന്തിക്കുന്നു അഹങ്കാരം കൊണ്ട് ഞാൻ ഭഗവത് ദാസനാണ് രാമകൃഷ്ണ പരമോഹം സർ സമാധിയിൽ അഹങ്കാരം നിശേഷം നശിക്കും പക്ഷെ എന്തു തന്നെ ചെയ്താലും അധികം പേർക്ക് ഈ നിർവികൽപ്പ സമാധി അനുഭവം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ അഹങ്കാരത്തിനെ ഒന്ന് മയപ്പെടുത്തി നിർത്തണം കച്ചേ അമി സച്ചേ അമി എന്ന് പറയും അദ്ദേഹം ബംഗാളിയില് കച്ചയം ഈ നല്ല അഹങ്കാരവും ചീത്ത അഹങ്കാരവും നല്ല അഹങ്കാരം എന്താ ഞാൻ ഭഗവാന്റെ ദാസനാണ് ഞാൻ ഭക്തനാണ് ഭഗവാൻ യജമാനൻ ഞാൻ ദാസൻ ഭഗവാൻ യന്ത്രീ ഞാൻ യന്ത്രം ഭഗവാൻ ഇതിനെ വഴി നടത്തുന്നു ഞാൻ നടക്കുന്നു ഭഗവാന്റെ കയ്യിൽ ഞാൻ വെറും ഒരു ഇൻസ്ട്രുമെന്റ് ഈ ഭാവം പരിപാകപ്പെട്ട അഹങ്കാരം അഹങ്കാരത്തിനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അത് തന്നെ കാമം ക്രോധം ലോപം മോഹം മതം മാധര്യം അറഗൻസ് ഇതൊക്കെ കൊണ്ടിരിക്കുന്ന അഹങ്കാരം പരിപാകപ്പെടാത്ത ഇമ്മച്യർ ഈഗോ അപ്പൊ പരിപാകപ്പെടുത്തി എടുത്ത അഹങ്കാരം കൊണ്ട് ഭഗവാന് ഭക്തിയാണ് അവിടെയാണ് ഭക്തി വരുന്നത് അപ്പൊ ഭഗവത് കഥകളെ കേൾക്കുന്നു ഭക്തന്മാരുടെ കഥകളെ കേൾക്കുന്നു ഭക്തന്മാർ പലവിധത്തിൽ ഇന്നലെ സുന്ദരമൂർത്തിസ്വാമികളുടെ കഥ ഞാൻ അല്പം സൂചിപ്പിച്ചുവല്ലോ സുന്ദരമൂർത്തി പരമേശ്വരനെ രണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് ഭഗവാനോട് പോയി ഇന്നലെ ഒരു കഥ പറഞ്ഞു അതിൽ രണ്ടാമത്തെ വിവാഹം ഇന്നലെ കഥ പറഞ്ഞുവല്ലോ അത് കഴിഞ്ഞ് തിരിച്ച് ആദ്യത്തെ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോ എന്നെ കാണാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞു പരവേനാച്ചിയാർ അവരുടെ അടുത്ത് പോവാതിരിക്കുക അദ്ദേഹത്തിന് വയ്യ അപ്പൊ തിരുവാരൂരില് ത്യാഗരാജസ്വാമി പരമേശ്വര ശിവൻ ത്യാഗരാജസ്വാമിയോട് ചെന്ന് പറഞ്ഞു ഭഗവാനെ എനിക്ക് വേണ്ടി ദൂതിന് പോണം ഭാര്യയുടെ അടുത്ത് ദൂതു പോവാൻ ഭഗവാൻ എനിക്ക് വേണ്ടി പറവയോട് ചെന്ന് ഞങ്ങൾക്ക് തമ്മിൽ അനുരഞ്ജനം ചെയ്യിപ്പിക്കണം എന്നാണ് ഭഗവാൻ ഇറങ്ങി തിരുവാരൂർ തെരുവിലൂടെ നടന്നു എന്നാണ് തിരുവാരൂരിൽ ജനിച്ചാൽ മുക്തി ചിദംബരത്തിൽ ദർശിച്ചാൽ മുക്തി കാശിയിൽ മരിച്ചാൽ മുക്തി അരുണാചലത്തിനെ സ്മരിച്ചാൽ മുക്തി എന്നാണ് ദർശനാത് അഭ്രസദസി ജനനാത് കമലാലയേ കാശ്യം മരണാദ് മുക്തി സ്മരണാരുണാചലം സ്കന്ധപുരാണം അപ്പോ തിരുവാരൂരിൽ ജനിച്ചാൽ മുക്തി എന്നുള്ളത് വരും വിശ്വാസമല്ല ഇതൊക്കെ യൗകികമായ രഹസ്യങ്ങളാണ് അതിന് തെളിവാര ത് ത്യാഗരാജസ്വാമികൾ തിരുവാരൂരിൽ ജനിച്ച ആളാണ് മുത്തുസ്വാമി ദീക്ഷിതർ തിരുവാരൂരിൽ ജനിച്ച ആളാണ് അനേകം ഭക്തശിരോമണികൾ തിരുവാരൂരിൽ ജനിച്ചവരാണ് ക്ഷാമാശാസ്ത്രികരും തിരുവാരൂരിൽ ജനിച്ച ആളാണെന്ന് തോന്നുന്നു വേറെ പല യതിരാജന്മാരും തിരുവാരൂരിൽ ജനിച്ചവരാണ് പിന്നെ ചിദംബര ദർശനം എല്ലാ അറുപത്തിമൂന്ന് നായന്മാർ ഭക്തന്മാർക്കൊക്കെ ചിദംബരമാണ് പ്രിയം നട കാശിയിൽ മരണം എല്ലാവർക്കുമേ അറിയാം കാശിയിൽ മരിക്കുന്ന ഓരോ ജീവന്റെ ചെവിയിലും പരമേശ്വരൻ രാമനാമത്തിനെ താരകത്തിനെ ഉപദേശിക്കും യഥാവർണ്ണയത് കർഡമൂലെ അന്ധകാലേം ശിവോ രാമ രാമേതി രാമേതി കാശ്യം തദ്ദേക ബ്രഹ്മൂപം ഭജേഹം ഭജേഹം ഭജേഹം ഭജേഹം രാമഭുജംഗപ്രയാത സ്ത്രോത്രത്തിൽ പറയുന്നു അരുണാചലം സ്മരണം അരുണാചലത്തിന് അരുണാചല അക്ഷരമണമാലയിൽ ആദ്യത്തെ പാട്ടിൽ രമണ മഹർഷി പറയുന്നു അരുണാചലം എന്ന് അകമേ നിനപ്പവർ അഹത്തൈ വേര് അറുപ്പായി അരുണാചല അരുണാചലം എന്ന് ഉള്ളിൽ സ്മരിക്കുന്നവരുടെ അഹങ്കാരത്തിനെ വേരോടെ പറിച്ചെടുക്കും അവിടുന്ന് ഹേ അരുണാചലാണ് അതെങ്ങനെയാത് മഹർഷിയോട് ചോദിച്ചു ആ പാട്ടിനെ രണ്ടു വിധത്തിൽ മഹർഷി തന്നെ അർത്ഥം പറഞ്ഞു അർത്ഥം പറഞ്ഞു അരുണാചലം എന്ന് വെച്ചാൽ അവിടെ അരുണാചല പർവതം ആ പർവ്വതം തന്നെ പരമേശ്വര സ്വരൂപം ഒരർത്ഥം രണ്ടാമതർത്ഥം അരുണാചലം അഹമേ എനയ്പ്പവർ നമ്മളുടെ ഹൃദയത്തിൽ ഏതൊന്ന് ഞാൻ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്യുന്നു അതുതന്നെ അരുണാചലം എന്ന് ആരെയുന്നുവോ അവരുടെ അഹങ്കാരം വേരറ്റുപോയി ആത്മതത്വം പ്രകാശിക്കും ഹൃദി അഹം ഇതി നൃത്യസി ഭോ തേ വദന്തീ ഹൃദയം നാമ ഹൃദയത്തിൽ ഞാൻ ഞാൻ എന്ന് ഹേ അരുണാചല അങ്ങ് തിരുനടനം ചെയ്യുന്നു നർത്തനം ചെയ്യുന്നു എന്ന് അപ്പോ ഭഗവാന്റെ സ്വരൂപം എന്താ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്യുന്നത് അത് ഈശ്വര സ്വരൂപം ആ ഈശ്വരനെ ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവായിട്ട് കാണാൻ ഒക്കുകയുള്ളൂ ഇപ്പോ തിരുവാറൂർ കഥ പറഞ്ഞു തിരുവാറൂർ സുന്ദരമൂർത്തിസ്വാമികൾ ഭഗവാനെ പറഞ്ഞയച്ചു പറവേനാച്ചിയാരുടെ അടുത്ത് അനുരഞ്ജനത്തിന് ഭഗവാൻ ആദ്യം അമ്പലത്തിലെ പൂജാരിയുടെ വേഷത്തിൽ പോയി പറവേനാച്ചയാർ പറഞ്ഞു അങ്ങ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം എന്റെ അടുത്ത് വരണ്ട അദ്ദേഹം വേറെയൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു ഇനി ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ലാന്ന് പറഞ്ഞു ഭഗവാൻ പാവം ആദ്യത്തെ പ്രാവശ്യം നടന്നതും മിച്ചൻ തിരിച്ചുപോയി അപ്പൊ സുന്ദരമൂർത്തിയിലടുത്ത് പറഞ്ഞു ഒരു രക്ഷയില്ല ഞാൻ പോയിട്ട് പറഞ്ഞു എന്നിട്ടും സമ്മതിച്ചില്ലേ അങ്ങ് പോയിട്ട് പറഞ്ഞു സമ്മതിച്ചില്ലേ ഇല്ല അങ് ഏത് വേഷത്തിൽ പോയി ഞാൻ പൂജാരിയായിട്ട് പോയാൽ പോരാ ജടാധാരി ഭൂജകപതി ഹാരി പശുപതി ഹി അതേ വേഷത്തിൽ പോണം നോക്കണം ഭക്തന് വേണ്ടി ഭഗവാൻ നട നട ഇതൊക്കെ കഥകൾ നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ അറിയില്ല നമ്മളുടെ മോഡേൺ മൈൻഡ് ഈ സോ പൊലൂട്ട് എന്നെ തന്നെ നോക്കാം ഒരു വേദാന്തം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ബ്രഹ്മത്തിനെ പറയുമ്പോ അവിടെ നിൽക്കാനും എനിക്കറിയാം എനിക്കിപ്പോ ഈ കഥ പറയുമ്പോ ഇതൊക്കെ എനിക്ക് സത്യമാണ് ഇതൊക്കെ സത്യമാണ് എങ്ങനെ സത്യമാണെന്നുള്ള ഒരു ചാഞ്ചാട്ടത്തിലേക്ക് എനിക്ക് ഇങ്ങോട്ട് വരാൻ എങ്ങനെ സാധിക്കും എന്റെ ഭഗവാൻ എന്റെ ഗുരു രമണ ഭഗവാൻ ഈ കഥകളൊക്കെ കണ്ണീര് വിട്ടുകൊണ്ട് പറയും കണ്ണീര് വിട്ടുകൊണ്ട് പറയും ഭഗവാനോട് ചോദിച്ചു പലരും ഭഗവാന് ഇതൊക്കെ സത്യമാണോ ഈ ലോകം സത്യമാണെങ്കിൽ ഇതൊക്കെ സത്യം എന്തു സാധിക്കില്ല പ്രപഞ്ചത്തിൽ ഈശ്വരന് ഏത് വേഷം എന്നിവിടെ നടനമാടാൻ പറ്റില്ല പ്രപഞ്ചം മുഴുവനുമായി പരിണമിച്ചു നിൽക്കുന്ന ആ മഹാശക്തിക്ക് ഏതു രൂപത്തിലും ഏതു ഭാവത്തിലും ഏത് വേഷത്തിലും ആവിർഭവിക്കാനും വീണ്ടും പരവനാച്ചിയാരുടെ അടുത്ത് ഭഗവാൻ ജടാധാരിയായിട്ട് നടന്നു സുന്ദരമൂർത്തിക്ക് വേണ്ടി ഈ സുന്ദരമൂർത്തി സ്വാമികൾ കഥ നല്ല രസമാണ് ഇനി ആ കഥയാവട്ടെ ഇതൊക്കെ തന്നെ ഞാൻ ആദ്യം ഇത് പറഞ്ഞിട്ട് അതിൽ കഥയിലേക്ക് വരാം നടന്നു രണ്ടാമത് ജടാധാരിയായി ഭഗവാൻ നടന്നു പറവനാച്ചിയാർ സമ്മതിക്കാതെ വയ്യ വീണ് നമസ്കരിച്ച് ഭഗവാനോട് ക്ഷമായാചനം ചെയ്ത് സുന്ദരമൂർത്തിയെ സ്വീകരിച്ചു എന്നാണ് ഒരിക്കൽ തിരു ഒരു ഗ്രാമത്തിൽ വെച്ച് സുന്ദരമൂർത്തി സ്വാമികൾ പരിവരാജകനായി നടക്കുന്നു വിശപ്പ് ഭഗവാൻ ഒരു ബ്രാഹ്മണനായി മുമ്പിൽ വന്ന് അങ് ഇവിടെ മരത്തണലിൽ ഇരിക്കൂ ഞാൻ പോയി ഭിക്ഷയെടുത്ത് കൊണ്ടുവന്ന് അങ്ങക്ക് ഊട്ടാം എന്ന് പറഞ്ഞ് ആ ഗ്രാമത്തിൽ നടന്നു ഭക്തവത്സലനായ ഭഗവാൻ ഭിക്ഷയെടുത്തു കൊണ്ടുവന്ന് ഭക്തനെ ഊണ് കഴിപ്പിച്ചു എന്നാണ് ഇത്രയും ഭഗവാൻ ചെയ്യേണ്ട കാരണം എന്താ നമ്മൾ ശരണാഗതി ഞാൻ ഒരു വാക്കു പറഞ്ഞു അല്ലെ ശരണാഗതി ശരിക്കും സത്യമല്ല ശരണാഗതി നമുക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങളോടൊക്കെ ഞാൻ ശരണാഗതി എന്ന് നിങ്ങൾ ശരണാഗതി ചെയ്യൂ നോക്കട്ടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ ശരണാഗതി എന്ന് പറഞ്ഞ് ചിഹ്നങ്ങൾ ധരിക്കും അഞ്ച് അംഗങ്ങളിലും ചിഹ്നങ്ങൾ ധരിക്കും അതുകൊണ്ടാണ് അയ്യങ്കാർ എന്ന് പേര് അഞ്ച് അംഗങ്ങളിൽ ചിഹ്നം ധരിക്കുന്നത് ീ അംഗങ്ങളിൽ ചിഹ്നം ധരിച്ചത് കൊണ്ട് ശരണാഗതി ആവുമെങ്കിൽ എല്ലാവരും എളുപ്പത്തിൽ ശരണാഗതി പാത്രത്തിന് പോലും ചിഹ്നമിടും പാത്രങ്ങൾക്ക് പോലും ഈ ചിഹ്നം ധരിപ്പിക്കും അതുകൊണ്ട് ശരണാഗതിയാവും ഒരു അമ്മ എന്നോട് വന്നു കുടുംബവഷ്ട കഷ്ടങ്ങളൊക്കെ പറഞ്ഞു ഒരു വൈഷ്ണവ ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭഗവാന് ശരണാഗതി ശരണാഗതി ഒക്കെ ചെയ്ത് ഒന്നിട്ടും പോണില്ല അപ്പൊ അവര് ശരണാഗതി എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്താ ഈ ചിഹ്നമൊക്കെ ധരിച്ചു കഴിഞ്ഞു ചിഹ്നം ധരിച്ചത് കൊണ്ട് ശരണാഗതി വരികയാണെങ്കിൽ എത്ര എളുപ്പം അഹങ്കാരത്തിന്റെ നിശേഷ ശമനമാണ് ശരണാഗതി അശേഷമായി ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എന്നുള്ള അഹങ്കാരം നിശേഷം ഇല്ലാതാവുന്നതിന് പേരാണ് ശരണാഗതി അല്ലെ പക്ഷെ ആ ശരണാഗതി നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവർക്കും സാധിക്കണമല്ലോ ഇഫ് ഇറ്റ് ഈസ് എ ടെക്നിക് ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ ടു ആൾ പേഴ്സൺസ് അല്ലെ ഈ ഭക്തന്മാരുടെ കഥയിൽ മറ്റൊരു വാക്കു വരുന്നു അത് സംസ്കൃതത്തിലില്ല വി ഹാവ് ടു കോയിൻ ദാറ്റ് വേർഡ് തമിഴിലുണ്ട് തടുത്ത് ആൾക്കൊള്ളൽ എന്നാണോ പറയാ അതായത് ശരണാഗതിയല്ല ഭഗവാൻ ഇങ്ങോട്ട് വന്ന് പിടിക്കാം എന്നുവെച്ചാൽ ഈ ജീവന് ഈ ജീവൻ കുറച്ച് അങ്ങട്ട് പോയാൽ ആ നമ്മൾ ഒരടി മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ തൊണ്ണൂറ്റിയൊമ്പത് അടി ഇങ്ങോട്ട് വയ്ക്കും ഇതിന് രക്ഷപ്പെടണമെന്ന് വെച്ചാൽ പോലെ രക്ഷപ്പെടാൻ വയ്യ ഭഗവാൻ നമ്മളെ വലിവേ കയറി പിടിക്കാം അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ കഥ സുന്ദരമൂർത്തിസ്വാമികളുടെ കഥ സുന്ദരമൂർത്തി കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കൈലാസത്തിലത്തെ കഥയ്ക്കൊന്നും പോകുന്നില്ല കൈലാസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെയും കൂടുതൽ നീട്ടേണ്ടി വരും അദ്ദേഹം പൂർവ്വജന്മത്തിൽ പരമഭക്തനായി ഭഗവത് പാർശ്വതനായിരുന്നു ആ ജന്മത്തിൽ അദ്ദേഹത്തിന് രണ്ട് സ്ത്രീകളെ കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അല്പം ചലിച്ച ആ വാസനമുണ്ടായി എന്നാണ് കാരണം അപ്പൊ അദ്ദേഹത്തിന് ഭഗവാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിനക്ക് ഇനിയും ഒരു ജന്മം ഭൂമിയിൽ പോയി ജനിക്കാം ജനിച്ച് ഭക്തനായിട്ട് ജീവിക്കാം ഈ വാസനയും ഭോഗവും ഒക്കെ അനുഭവിച്ച് തിരിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഭൂമിയിൽ ജനിച്ചത് എന്നാണ് പൂർവകഥകൾ ഭക്തചരിത്രം പറയുന്നത് പക്ഷെ അദ്ദേഹം ജനിച്ചത് ഒരു ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഒരു രാജ ക്ഷത്രിയൻ എടുത്തു വളർത്തി വളർത്തി പതിനാറ് വയസ്സാവുമ്പോൾ വിവാഹത്തിന് ഏർപ്പാട് ചെയ്തു പക്ഷെ ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഒരു പ്രാർത്ഥന വെച്ചു ഭഗവാനെ സംസാരത്തിൽ വീണ് ഞാൻ അങ്ങേ മറന്നുപോകും അത് നിശ്ചയം അടുത്ത ജന്മത്തിൽ ഞാൻ എന്തുവന്നാലും എന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടാൽ ഞാൻ മറന്നുപോകും പക്ഷെ ഞാൻ മറന്നുപോയാലും അങ് എന്നെ വിടരുത് ഞാൻ അങ്ങെ ഉപേക്ഷിച്ചാലും അങ് വിടരുത് അങ് പിടിച്ചെടുത്ത് അനുഗ്രഹിച്ച് വീണ്ടും അങ്ങയുടെ പാർശ്വതനാക്കണം ഈ സത്യം ചെയ്ത് തരണം ഭഗവാൻ സത്യം ചെയ്ത് കൊടുത്തു നമ്മളൊക്കെ അങ്ങനെ ഒരു സത്യം ചെയ്ത് വാങ്ങിക്കണം അടുത്ത ജന്മത്തിൽ ഇദ്ദേഹം തിരുവാറൂരില് ജനിച്ചതുകൊണ്ട് ആറൂരൻ എന്ന പേര് തന്നെ പതിനാറാമത്തെ വയസ്സിൽ ഈ ക്ഷത്രിയൻ ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് അദ്ദേഹത്തിന് വിവാഹത്തിനൊക്കെ ഏർപ്പാടായി വിവാഹത്തിന് ഏർപ്പാടായി വിവാഹഘോഷം അവിടെ തിരുനാവലൂർ എന്ന് പറയുന്ന ഗ്രാമം അവിടെ വിവാഹത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കായി പന്തൽ കെട്ടി ആഘോഷങ്ങൾ നടക്കുന്നു വിവാഹ വധുവും വരനുവൊക്കെ തയ്യാറായി നിൽക്കുന്നു വിവാഹം നടക്കുന്നതിന് കുറച്ചു നേരം മുമ്പ് ഒരു വൃദ്ധൻ അവിടെ ആടിയാടി വന്നു നെലവിളി കൂട്ടിക്കൊണ്ടു വന്നു മഹാതേജസ്വി ആയ ഒരു കിഴവൻ പടുവൃദ്ധനായി ആ വൃദ്ധനെ വർണ്ണിക്കുന്നത് തന്നെ നല്ല രസമാണ് തോളിലൊരു തുണിയിട്ട് കൊടവയറുമായി ഓരോരിക്കണി വെഴുമ്പോഴും എടുത്ത് മേലെ ഇട്ടുകൊണ്ട് കുടുകുടു കുടുകൊടുന്ന് വേഗം ഓടി വന്നു അത്രേ ഓടി വന്ന് നിക്കു നോക്ക് കല്യാണമൊക്കെ അവിടെ നിക്കട്ടെ എനിക്കും ഈ ആരൂരനും തമ്മിൽ പഴയ കണക്ക് തീർക്കാനുണ്ട് ആ കണക്ക് തീർത്തിട്ട് നമുക്ക് കല്യാണമൊക്കെ ആവാം സുന്ദരമൂർത്തിരുവാരൂരൻ ഇതേതാ ഒരു പിത്തൻ പിത്തൻ എന്ന് വെച്ചാ ഭ്രാന്തൻ എന്നർത്ഥം ലുണാറ്റിക് ഇത് ഏതാ ഈ പിത്തൻ എന്ന് വിളിച്ചു ആഹ എന്നെ എല്ലാരും അങ്ങനെ തന്നെ വിളിക്കാം തന്നെ ഞാൻ കണ്ടിട്ടേലോ നീ എന്നെ കാണൂ വേണ്ട നിന്റെ മുത്തശ്ശനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലൊരു ഡീൽ എഴുതിയിട്ടുണ്ട് അതൊക്കെ തീർത്തിട്ട് വിവാഹമൊക്കെ പിന്നീടാവാം ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ആ കണക്ക് പഴയ കണക്ക് ഓർമ്മയില്ലല്ലോ പൂർവ സ്മൃതി പക്ഷേ ഭഗവാനെ കാണുമ്പോ ഉള്ളിൽ ഹൃദയം ഉരുകുന്നു വായു കൊണ്ട് ചീത്ത വിളിക്കുന്നു ഇദ്ദേഹം ഇതേതാ ഈ കിഴവൻ പക്ഷെ ഉള്ളുരുകിന്നാണ് അടുത്ത് വന്നിട്ട് ഈ വൃദ്ധനോട് ബാക്കി അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ചോദിച്ചു നിങ്ങളെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ നിങ്ങളെവിടുന്നു വരുന്നു ഞാൻ തിരുവണ്ണൈ നെല്ലൂരിൽ നിന്നും വരുകയാണ് അടുത്ത ഗ്രാമം നിങ്ങളെ ആരെ നിങ്ങളുടെ പേരെന്താ എന്നെ എല്ലാരും പിത്തൻ തന്നെ വിളിക്കുക എന്നാണ് ഭ്രാന്തൻ എന്റെ കൂട്ടുകാരും പിത്തന്മാരാണ് ഭ്രാന്തന്മാരാണ് ഇപ്പൊ എന്തിനാ അവിടെ വന്നത് ഇതായി ആരൂരൻ ഉണ്ടല്ലോ ഇവൻ എന്റെ അടിമ അടിമയാണ് ഒരു ബ്രാഹ്മണൻ മറ്റൊരാൾക്ക് ഒരു ബ്രാഹ്മണന് അടിമയായി ഇതുവരെ ചരിത്രമില്ല എന്ത് കഥയാണ് നിങ്ങൾ പറയണത് ഞാൻ കഥയൊന്നും പറയണില്ല ഇയാളുടെ മുത്തശ്ശൻ എനിക്ക് പട്ടയം എഴുതി തന്നിട്ടുണ്ട് ഞങ്ങളുടെ പരമ്പരയിൽ പരമ്പര പരമ്പരയായി വരുന്നവരൊക്കെ തിരുവണ്ണൈനെല്ലൂർ പിത്തന അടിമൈ എന്ന് എഴുതി തന്നിട്ടുണ്ട് അടിമയാണെന്ന് എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവന് എനിക്ക് അടിമയാണ് എന്റെ അനുമതി കൂടാതെ വിവാഹം കഴിക്കാൻ അവന് അനു അനുമതിയില്ല അതിനെന്താ പ്രമാണം ഇതാ കക്ഷത്തി എടുപ്പത്തുനിന്ന് ഒരു ഓലയെടുത്തു ഇതാ പ്രമാണം പ്രമാണം എന്ന് പറു കാണിച്ചതും നോക്കീവൻ എപ്പോഴും ലോകത്തിലേക്ക് പോവാൻ വാസന ഉണ്ടാവും ഭഗവാന്റെ അടുത്ത് പോവാൻ വാസന ഉണ്ടാവില്ല വളരെ ശുദ്ധമല്ലെങ്കിൽ ലോകത്തിലേക്ക് പോവാൻ വാസന ഉണ്ടാവും ഈശ്വരന്റെ അടുത്ത് അതുകൊണ്ട് പൂർവ്വസ്മൃതി ഉള്ളിലുണ്ട് പേടിയുമുണ്ട് ഹൃദയം ഒരു ചെയ്യുന്നു സുന്ദരമൂർത്തി എന്ത് ചെയ്തു ആ ഓലയെ വാങ്ങിക്കാനായി പുറകെ ഓടി ഈ വൃദ്ധ ബ്രാഹ്മണൻ കല്യാണ മുഴുവൻ ഓടിയത്രേ അതിന്റെ പുറകെ ഓടിച്ചെന്ന ആ ഓല പറിച്ച് വാങ്ങിച്ച് ചീന്തി തീയിലിട്ടു ആ ബ്രാഹ്മണൻ ലഹട കൂട്ടാൻ തുടങ്ങി വൃദ്ധൻ ഇവൻ ഈ ഓല ചീന്തിക്കളഞ്ഞതുകൊണ്ട് തന്നെ ഇവൻ എന്റെ അടിമയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇവൻ എന്തുകൊണ്ട് ചീന്തി കളഞ്ഞു ആരും വായിക്കാൻ അനുവദിക്കാതെ ഇവൻ ചീന്തി കളഞ്ഞതുകൊണ്ട് ഇവൻ എന്റെ അടിമയാണ് ഇവൻ എനിക്ക് അടിമയാണ് ഇപ്പൊ തന്നെ കോടതി ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ തന്നെ കോടതിക്ക് പോണം അന്നൊക്കെ എന്താ നാട്ടിലുള്ള പ്രമാണികളൊക്കെ ഇരിക്കും അവർ കോട ശരി ഇവിടെ തന്നെ പഞ്ചായത്ത് കൂടാം ഏ ഇവിടെ ഉള്ളവരൊക്കെ നനക്കേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്റെ ഗ്രാമത്തിലേക്ക് വാ ബഹളം വഴക്ക് അടുത്ത ഗ്രാമം തിരുവണ്ണൈനെല്ലൂർ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി പഞ്ചായത്ത് കൂടി പഞ്ചായത്ത് കൂടി അവിടെയുള്ളവരോടൊക്കെ പറഞ്ഞു നോക്കാം ഈ ആരൂരൻ എന്റെ അടിമയാണ് എന്നിട്ട് എന്റെ അനുമതി കൂടാതെ കല്യാണം കഴിക്കാൻ പുറപ്പെടുകയാണ് അപ്പൊ സുന്ദരമൂർത്തി പറയാണ് ഹേ ബ്രാഹ്മണരെ നിങ്ങൾക്കൊക്കെ അറിയുവല്ലോ ഒരു ബ്രാഹ്മണൻ മറ്റൊരു ബ്രാഹ്മണന് അടിമ എന്നുള്ളത് ചരിത്രത്തിലേ ഇല്ല ഈ ഭ്രാന്തൻ എന്തൊക്കെയോ വിളിച്ചു പറയണു ഞാനിവനെ കണ്ടിട്ട് തന്നെയില്ല നിങ്ങൾ തന്നെ ശരിയായ തീർപ്പ് കൽപ്പിക്കണം ഞാൻ വിവാഹ പന്തലിൽ അതോ അതേ വേഷത്തോടെ വന്നിരിക്കുക ഇപ്പോൾ ഒരു ഭ്രാന്തന്റെ വാക്കും കേട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് നിങ്ങൾ തീർപ്പ് കൽപ്പിക്കണം അപ്പൊ അവിടുത്തെ ജഡ്ജൊക്കെ പറഞ്ഞു ഈ പിത്തനോട് ചോദിച്ചു നിങ്ങളിപ്പോ ഈ ദേഹം അടിമയാണെന്ന് പറയണു നിങ്ങളുടെ അടുത്ത് എന്ത് പ്രമാണമാണുള്ളത് ആ പ്രമാണമാണല്ലോ ഇവൻ വാങ്ങിച്ച് ചീന്തിക്കളഞ്ഞത് എല്ലാരോടും ചോദിക്കൂ ചീന്തി കളഞ്ഞതുകൊണ്ട് തന്നെ ഇവൻ എന്റെ അടിമയാണെന്ന് തെളിഞ്ഞു അപ്പൊ എപ്പോഴും ലോകത്തിലുള്ളവർ ആരെ സപ്പോർട്ട് ചെയ്യും ഭഗവാനെയോ ലൌകികനെയോ പറഞ്ഞു ചീന്തി കളഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പ്രമാണമൊന്നുമില്ലല്ലോ അതുകൊണ്ട് വിടുക സുന്ദരമൂർത്തിക്ക് സന്തോഷമായി അതിരിക്കട്ടെ ഇവൻ ചിന്തിക്കളയെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കാണിച്ചത് ഡ്യൂപ്ലിക്കേറ്റാണ് ഒറിജിനൽ വേറെ ഒറിജിനൽ വേറെ ഇതാണ് തടുത്ത് ആൾക്കൊള്ളൽ ഈ ജീവനെ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ ഭഗവാൻ വലയിട്ടു പിടിക്കാം രമണ മഹർഷി പറഞ്ഞു ചിന്തിത്ത് അരുൾപെടെ ചിലന്തി പോൽ കട്ടി ചിറയിട്ട് ഉണ്ടന ഈ അരുണാചലാനം ഈ ജീവൻ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാ പോലും രക്ഷപ്പെടാൻ സമ്മതിക്കാതെ ഒരു ചിലന്തി വല കെട്ടണ പോലെ നല്ലവണ്ണം പ്ലാൻ ചെയ്ത് ഒരു വലയിട്ട് കൃപയാവുന്ന വല കെട്ടി അതിനകത്ത് കുടുക്കി ഈ ജീവൻ പുറത്ത് ചാടാൻ വയ്യാത്ത വിധത്തിൽ കുടുക്കിയിട്ട് വിഴുങ്ങ എടുത്ത് നീ വിഴുങ്ങിയെന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ വലയിട്ടു പിടിച്ചു ആ ഓന കാണിച്ചു സുന്ദരമൂർത്തി എവിടെയാ നോക്കണേ അടുത്ത് തരില്ല മുത്തശ്ശന്റെ സിഗ്നേച്ചർ അതിലുണ്ട് കോർട്ടിൽ കൊടുത്തു അവരെടുത്തു നോക്കി അതിലെഴുതിയിരിക്കുന്നു ഞങ്ങളുടെ പരമ്പര പരമ്പര ഈ പിത്തന അടിമയാണ് സുന്ദരമൂർത്തിയോട് നോക്കാൻ പറഞ്ഞു അവനെന്തറിയാം അവൻ മുത്തശ്ശനിയെ കണ്ടിട്ടില്ല വേറെ പഴയ ഒപ്പിട്ടവരെയൊക്കെ വിളിക്കൂ പഴയ പ്രമാണങ്ങളൊക്കെ എടുത്തു നോക്കുക ഒക്കെ ശരിയാണ് കോർട്ട് വിധിച്ചു ഈ തിരുവാരൂർ പിത്തന അടിമ എല്ലാവരും ചോദിച്ചു നിങ്ങൾ തിരുവണ്ണൈനെല്ലൂരാണ് തിരുവണ്ണ പറയുന്നു ഇവിടെ എവിടെയാ നിങ്ങളുടെ വീട് ഭഗവാൻ തിരുവണ്ണൈനെല്ലൂർ മഹാക്ഷേത്രത്തിൽ ചെന്നു മറഞ്ഞുപോയി എന്നാണ് കഥ ആ മഹാക്ഷേത്രത്തിൽ ഭഗവാൻ തിരോധാനമായി കൂടെ സുന്ദരമൂർത്തിക്ക് പൂർവസ്മൃതി ഉണ്ടായി ഭാവാവിഷ്ഠനായി കരഞ്ഞു ഹേ പ്രഭു കരുണാമൂർത്തിയായ ഭഗവാനെ ഞാൻ മറന്നുപോയി ലോകത്തിലേക്ക് പോവാൻ തിടുക്കമായപ്പോ ഭഗവാൻ ആക്രമിച്ച് എന്നെ തടസ്സം ചെയ്ത് ലോകത്തിൽ പോവാൻ സമ്മതിക്കാതെ പിടിച്ചു വലിച്ചുകൊണ്ടുവെന്ന് തന്റെ അടിമയാക്കി തീർത്തു തന്റെ അടിമയാക്കി തീർത്തു ഇനി ഞാൻ എന്ത് ചെയ്യണം രണ്ട് ഇൻസ്ട്രക്ഷൻ ഭഗവാൻ കൊടുത്തു ഇപ്പൊ ഏത് വേഷത്തിലിരിക്കുന്നുവോ ആ വേഷത്തിൽ തന്നെ വർത്തിക്കൂ ഇതും ഒരു കാര്യമാണ് ജീവനെ എപ്പോ ഭഗവാൻ തന്റേതാക്കിയോ അതോടെ ഈ ജീവന്റെ അഹങ്കാരം പോയി അതിനുശേഷം ഒരാൾ ആത്മസാക്ഷാത്കാരം നേടുന്നതിനു മുമ്പ് സന്യാസിയാണെങ്കിൽ അതേപോലെ ഇരിക്കും ഒരാൾ ആത്മസാക്ഷാത്കാരം നേടുന്നതിനു മുമ്പ് ഗൃഹസ്ഥനായി ഇരിക്കുമ്പോഴാണ് ആണെങ്കിൽ അധികമായും അവരായിട്ട് അതിനെ മാറ്റില്ല പേരും മാറ്റില്ല ഊരും മാറ്റില്ല യാതൊന്നും മാറ്റേണ്ട ആവശ്യമില്ലാന്ന് സുന്ദരമൂർത്തി സ്വാമികളോട് ഭഗവാൻ പറഞ്ഞ ആ വേഷം പോലും മാറ്റരുത് എന്നാണ് ഏത് വേഷത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഇതൊരു ഭാവം ഭഗവാൻ നമ്മളെ എങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുമ്പോ എങ്ങനെയോ അതേപോലെ പിന്നീട് മുഴുവൻ ആ കല്യാണത്തിന് കെട്ടിയ വേഷത്തോടെ അദ്ദേഹം ജീവിതം മുഴുവൻ നിന്നു കല്യാണത്തിന് ആ വരനായിട്ട് കെട്ടിയ വേഷത്തോടെ ജീവിതം മുഴുവൻ നിന്നു ഭഗവാൻ ചോദിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ലോകത്തിലൊന്നും ചെയ്യാനില്ല ഇനി എന്ത് ചെയ്യും ഒരേ ജോലിയേ ഉള്ളൂ എന്നെക്കുറിച്ച് പാടുക എങ്ങനെ പാടും ഭഗവാൻ തന്നെ പദം എടുത്തുകൊടുത്തു എന്നെ എങ്ങനെ വിളിച്ചു പിത്തൻ എന്ന് വിളിച്ചുല്ലേ ഇതുവരെ ഒരു ഭക്തനും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല ആ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു രുചിച്ചു അതുകൊണ്ട് ആ പേരോടുകൂടെ തന്നെ പാടി തുടങ്ങാം ഭ്രാന്തൻ എന്ന് പിത്താ പിറൈശൂടിപ്പെരുവാനെ അരുളാള എന്ന് പറഞ്ഞു തുടങ്ങി എന്നാണ് എന്ന് പറഞ്ഞു ഭഗവാനെ വിളിച്ച് ഉന്മാദം പിടിച്ചവൻ എന്ന് വിളിച്ച് പാടി ഇത് കഴിഞ്ഞ് പറഞ്ഞു തീർത്ഥയാത്രയായിട്ട് ദിവ്യക്ഷേത്രങ്ങൾ ദർശിച്ചു പോവുക അപ്പൊ ഉള്ളുകൊണ്ട് സുന്ദരമൂർത്തി പ്രാർത്ഥിക്കുകയാണ് അവർക്കൊക്കെ ഭഗവാൻ തന്നെ ഗുരു എനിക്ക് പാദദീക്ഷ തരണം ഭഗവാൻ പാദം ശിരസിൽ വെച്ച് അനുഗ്രഹിക്കാൻ അതാണ് പാദദീക്ഷ ഈ പ്രാർത്ഥനയോടുകൂടെ തിരുവാതികൈ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി അവിടെയാണ് അപ്പർ സ്വാമികൾ മറ്റൊരു സെയിന്റ് ഭക്തൻ അദ്ദേഹം ഇരുന്ന സ്ഥലം അതുകൊണ്ട് ആ ഗ്രാമത്തിൽ പ്രവേശിച്ചില്ല ആ കാലുകൊണ്ട് സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവിടെ പുറമേക്കൊരു മണ്ഡപത്തിൽ കിടന്നു രാത്രി രാത്രി കിടന്നപ്പോ അവിടെ ഒരു കഴിവം വന്നു വലിയൊരു ബാണ്ഡവുമൊക്കെ വന്നു സുന്ദരമൂർത്തിയുടെ അടുത്ത് വന്നു കടന്നു ഞാനും ഇവിടെ കിടക്കട്ടെ ജോ ചിലരുടെ അടുത്തൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ ചവിട്ടിയിട്ട് അടുത്ത് കിടന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോ കാലെടുത്ത് തലയില് ഏഹ് രാത്രി ഉറങ്ങണം ചവിട്ടരുത് അയ്യോ ക്ഷമിക്കണം ഒരു ബ്രാഹ്മണനെ ചവിട്ടിയത് മഹാപചാരം എനിക്ക് ഉറക്കത്തിൽ ഉരുളണ സ്വഭാവം വേണ്ട വയസ്സുമായി ഉറക്കം വരാത്തത് ഒന്ന് ഉരുണ്ടതാണ് ക്ഷമിക്കണം ശരി എന്ന് പറഞ്ഞ് കുറച്ച് നീങ്ങിക്കിടന്നു നീങ്ങിക്കിടന്നപ്പോൾ വീണ്ടും ഒരു ചവിട്ടുകാർ അവസാനം തായൊക്കെ ചുരുട്ടി ചോട്ടിൽ പോയി കിടന്നു സുന്ദരമൂർത്തി കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഏയ് നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ മണ്ഡപത്തിൽ നിന്ന് വന്ന് അയ്യോ നിങ്ങളുടെ ചവിട്ടരത്തു വന്ന് ഞാൻ ചുവട്ടിൽ വന്ന് കിടന്നു നിങ്ങൾ കിടന്നതെനിക്കറിയില്ല അവസാനം സുന്ദരമൂർത്തിയോട് പറയണേ എന്നെ നോക്കൂ സുന്ദരമൂർത്തി സ്വാമികൾ നോക്കുമ്പോ നടരാജ ഇടതുപഥം തൂക്കി നിന്നുകൊണ്ട് ദിവ്യദർശനം കൊടുത്തു മറഞ്ഞുപോയി എന്നാണ് കഥ അതോടുകൂടെ ഉന്മാദലഹരിയിൽ സുന്ദരമൂർത്തി സ്വാമികൾ പാടിക്കൊണ്ട് നടന്നു അങ്ങനെ ഭഗവാൻ വലിവിലേ പോയി പിടിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഭഗവാന്റെ ആയി അതാണ് പിന്നീട് കല്യാണം കഴിച്ചു കൊടുക്കാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനുരഞ്ജനത്തിനുമൊക്കെ ഭഗവാൻ തന്നെ നടക്കേണ്ടി വന്നു എന്ന് കഥ മറ്റൊരു ഭക്തൻ എന്തു ചെയ്തു സുന്ദരമൂർത്തി സ്വാമികൾ ഭഗവാനെ ഭാര്യയെ കല്യാണം കഴിപ്പിച്ചു തരാൻ നിർബന്ധിച്ചുവെന്നും ഭാര്യയെ അനുരഞ്ജനം ചെയ്യിപ്പിക്കാൻ നടത്തിയെന്നും കേട്ടപ്പോ സുന്ദരമൂർത്തിയെ കണ്ടാ വെട്ടണം എന്ന് പറഞ്ഞിട്ടൊരു വാളു എടുത്തോണ്ട് നടന്നു അത്ര അതൊരു ഭക്തൻ ഇങ്ങനെയൊക്കെ ഭക്തന്മാരുടെ കഥകൾ ആ കഥകൾ കേൾക്കുമ്പോ ഏതൊരു വസ്തുവിനെ നമ്മൾ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായതെന്നും സത്യം ജ്ഞാനം അനന്തമെന്നും നമുക്ക് അപ്രാപ്യമായ അഖണ്ഡ ബോധസ്വരൂപമെന്ന് പറയുന്നു ആ വസ്തു അത്യധികം സുലഭമായിട്ട് സുഹൃദം മാം ജ്ഞാ ശാന്തി മരിച്ചതി ഗീതയിൽ പറയുന്നു നിങ്ങൾക്ക് ഞാൻ സുഹൃത്താണെന്നാണ് ചുന്ദ്രമൂർത്തി സ്വാമികളെ തമ്പിരാൻ തോഴൻ എന്നാണ് പറയുന്നത് സഖാവ് സുഹൃത്ത് ഭഗവാന്റെ സുഹൃത്ത് എന്നുവെച്ചാൽ ഭഗവാൻ എല്ലാവർക്കും സുഹൃത്താണ് ഈ കഥകളൊക്കെ പറഞ്ഞത് അവരുടെ കഥ പറയാനല്ല ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ഇൻ അവർ ലൈഫ് ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധം വരുകയാണെങ്കിൽ ഏതൊരു ഔപനിഷതമായ ബ്രഹ്മമുണ്ടോ ആ ബ്രഹ്മം നമ്മളുടെ കൂടെ വന്ന് കളിക്കും വേദാന്തം കോൺക്രീറ്റായ കെമിസ്ട്രി ഫിസിക്സ് ഒന്നുമല്ല വേദാന്തത്തിനെ ഇന്റലക്ച്വലായി മാത്രം മനസ്സിലാക്കിയാൽ അവിടെ നിന്നു പോകും മഹാജ്ഞാനികളെ കണ്ടാൽ അവരൊരു വശത്ത് ജ്ഞാനികളായി പ്രൊഫണ്ടായിട്ടുള്ള സത്യത്തിനെ പറയുന്നു മറ്റൊരു വശത്ത് ഭക്തിയുടെ ഭാവത്തിലേക്ക് ഇറങ്ങിവരുന്നു ദാസ്യഭക്തി ജ്ഞാനിക്ക് എല്ലാ ഭക്തിയും ജീവൻമുക്താനന്ദ ലഹരി എന്ന കൃതിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു ജ്ഞാനി ഗണപതി പൂജ ചെയ്യുന്നവരുടെ കൂടെ പോയി ഗണപതിയെ ആരാധിക്കും മുരുകനെ പൂജ ചെയ്യുന്നവരുടെ കൂടെ പോയി മുരുകനെ ആരാധിക്കും കൃഷ്ണനെ പൂജ ചെയ്യുന്നവരുടെ കൂടെ പോയി കൃഷ്ണനെ ആരാധിക്കും ശിവപൂജ ചെയ്യുന്നവരുടെ കൂടെ പോയി ശിവനെ ആരാധിക്കും ഇനിയിപ്പോ ക്രിസ്തുവാണോ അവിടെ അള്ളാവ് ആണോ അവിടെ ഇവിടെ ഒന്നും ഭേദമില്ല അവരായിട്ട് തീരും എന്ന് വെച്ചാൽ എല്ലാ ഒന്ന് കൺസെപ്റ്റല്ല ഗണപതി പൂജ ചെയ്യുമ്പോൾ ഗണപതി ഭക്തനായിട്ട് തീരും താൻ സുബ്രഹ്മണ്യപൂജ ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യ ഭക്തനായിട്ട് തീരും ശിവപൂജ ചെയ്യുമ്പോൾ ശിവഭക്തനായിട്ട് തീരും വിഷ്ണുപൂജ ചെയ്യുമ്പോൾ വിഷ്ണുഭക്തനായിട്ട് തീരും അപ്പൊ ഭക്തിക്ക് ഒരേ സ്വഭാവമേ ഉള്ളു പ്രേമം ആ പ്രേമത്തിന് പ്രേമം മുഖ്യം പ്രേമിക്കുന്ന വസ്തുവിനേക്കാളും പ്രേമം മുഖ്യം പ്രിയം മുഖ്യം ആ പ്രിയം ഭാവം അതെങ്ങനെ ഉദ്ഭവിച്ചു ഭഗവത് ചരിത്രം ഭക്തന്മാരുടെ ചരിത്രം കേൾക്കുന്നു ശൃൺവന് സുഭദ്രാണീരഥാംഗപാണേ ജന്മാനി കർമാണി ചാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി മീരാ എത്ര കീർത്തനങ്ങൾ പാടി ഗീതാനി നാമാനി കൃഷ്ണഭക്തി കൊണ്ട് ഉരുകി മീരയുടെ കീർത്തനങ്ങളൊക്കെ തന്നെ മീരാബായുടെ ചരിത്രമാണ് പല കീർത്തനങ്ങളിലും താൻ അനുഭവിച്ച ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ കൃഷ്ണനോട് പറയുന്നു ഗീതാനി നാമാനി തദർത്ഥകാനി ഗായ പാടിക്കൊണ്ട് ഈ കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ടും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടും സങ്കീർത്തനം ചെയ്തുകൊണ്ടും വിലജ്ജോ ലജ്ജയില്ലാതെ വിചരേത് അസംഗഹ ലജ്ജ നാമസങ്കീർത്തനത്തിൽ ഉണ്ടാവരുത് ഓരോരുത്തരുടെ ഭാവം ഗായൻ വിലജ്ജോ വിചരേത് അസംഗഹ സ്വാമി ശിവാനന്ദ സരസ്വതി മലേഷ്യയിൽ ഡോക്ടറായിരിക്കും കുപ്പുസ്വാമി എന്നുപേര് അദ്ദേഹം ദിവസം വൈകുന്നേരമായാൽ സങ്കീർത്തനം ചെയ്യും അദ്ദേഹത്തിന്റെ അരിസ്റ്റോക്രാറ്റിക് സർക്കിളിലുള്ള ഡോക്ടേഴ്സ് അവരെയും ഒക്കെ വിളിക്കും അവർ ചിലർ വരും ചിലർ വരില്ല എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് വളരെ സ്നേഹമുള്ള മനുഷ്യൻ പക്ഷെ ഇദ്ദേഹത്തിന് ഈ ഭക്തിയും സങ്കീർത്തനവും ഒന്നും അവർക്ക് പറ്റില്ല അപ്പൊ അവർ വല്ല കല്യാണമോ പാർട്ടിയോ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടെ ജമടാങ്കട്ടയും വരും അവര് വിളിക്കില്ല പക്ഷെ വിളിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ലേ അദ്ദേഹം പോകുക അത്ര നീ എന്റെ ഫ്രണ്ട് എന്നെ വിളിക്കാൻ മറന്നു സാറുമില്ല ഓർഡർ സങ്കീർത്തനമില്ലാതെ നടക്കണ്ട പോയി ഗായന് വിലജോ വിചരേത് അസംഗ സംഘമില്ലാതെ സഞ്ചരിക്കുന്നു എന്നാണ് ഏകാന്തസങ്കീർത്വം ഗായൻ വിലജ്ജോ വിചരേത് അസംഗഹം ഇങ്ങനെ ഒരു ഭക്തിസാധന ഭക്തി ചെയ്യുന്നത് വ്രതമാക്കി എടുത്തിരിക്കുന്നു ഏവം വ്രത സ്വപ്രിയാമ കീർ ജാതരാഗോ ദ്രുതചിത്തവുച്ചൈ ഹസോ റോദിതീ രൗതി ഗായതി ഉന്മാദവ നൃത്യ ലോകബാഹ്യ ലോകബാഹ്യനായിട്ട് തീരുന്നു ഭക്തൻ അവനെ കണ്ടാൽ ബാക്കിയുള്ളവർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും മണ്ടയിൽ ഒരു സ്ക്രൂ ലൂസായിരിക്കണം ഭക്തി ഭക്തി ഭഗവാൻ ഭഗവാൻ പറഞ്ഞ് ഇയാൾക്ക് മണ്ടയിൽ സ്ക്രൂ ലൂസ് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തി പുരോഗമിക്കണമെന്നർത്ഥം നമ്മളെ ആളുകളൊക്കെ പരമഭക്തൻ പരമഭക്തൻ എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം ഭക്തി ചുവട്ടിൽ പോയിക്കൊണ്ടേയിരിക്കണം നമുക്ക് ആളുകൾ തരുന്ന സർട്ടിഫിക്കറ്റ് എന്താണ് മണ്ടയിൽ സ്ക്രൂ ലൂസ് ഭ്രാന്തനാണെന്ന് വിളിച്ചാൽ വളരെ സന്തോഷപ്പെടുന്നു അപ്പോഴാണ് ഭക്തിയുടെ ലക്ഷണം എന്താ ഉന്മാദം വരും ഉന്മാദം പോലെ ബാക്കിയുള്ളവർക്ക് ലൗകികന്മാർക്ക് ഭക്തി എന്താ അറിയും ക്വചിത് ദ്രുതതി വൈകുണ്ട ചിന്താശബണചേതനഹം ക്വചിത് ഹസതി താഹ്ലാദ ഉദ്ഗായതി ക്വചിത് നദതി ക്വചിത് ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിത് ക്വചി തദ്ാവനായുക്തന്മയോനുചകാര പ്രഹ്ലാദനെ പറയാണ് ചിലപ്പോ ചിരിക്കുന്നു ചിലപ്പോ കരയുന്നു ചിലപ്പോ നർത്തനം ചെയ്യുന്നു ചിലപ്പോ മൂർച്ഛിച്ചു വീഴുന്നു ക്വചിത് ദ്രുതതി വൈകുണ്ഠ ചിന്താശബണ ചേതന ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത് പാടുന്നു വിലജ്ജോ നൃത്യതിക്കചിത് ലജ്ജയില്ലാതെ നർത്തനം ചെയ്യുന്നു കൊചിത്തദ് ഭാവനായുക്ത തന്മയോണുചാര തന്മയഭാവത്തിൽ നെത്തണം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഭക്തിഭാവം ശരീരത്തിനെ ശുദ്ധം ചെയ്ത് മനസ്സിനെ ശുദ്ധം ചെയ്ത് ജീവഭാവത്തിനെ ശുദ്ധം ചെയ്ത് ഉള്ളിലുള്ള ഹൃദയഗ്രന്ഥിയെ ഭേദിച്ച് അഹങ്കാരത്തിനെ ഭേദിച്ച് താൻ ഒന്നുമല്ല ഭഗവാൻ ഈ ജീവനെ ആവേശിച്ച് സ്വീകരിക്കുമ്പോൾ ജഗത്തേ കാണുന്നില്ല ആ ഭക്തന് പ്രപഞ്ചമില്ല ജീവനില്ല ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നുള്ള പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ പർവ്വതം വൃക്ഷം ആകാശം സ്ത്രീകൾ പുരുഷന്മാർ എല്ലാം ബ്രഹ്മമയമായിട്ട് കാണുന്നുണ്ട് സർവം ഖലു ഇതം ബ്രഹ്മഖം വായു അഗ്നിം സലീലം മഹീം ചേ ജ്യോതിംഷി സത്ീ ദിശോ ദ്രുമാതീൻ സരിത് സമുദ്രാംശേ ശരീരം യത്കിഞ്ചൂതം പ്രണമേത് അനന്യ കാൺപതണ പ്രതിമ യുന്പതായണശ്രുതികൾ യാതൊന്നു ചെയ്തതോ നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമ യാതൊന്നു കാണത് കാണുന്നതൊക്കെ നാരായണ സ്വരൂപം കേൾക്കുന്നതൊക്കെ നാരായണ ശ്രുതികൾ ചെയ്യുന്നതൊക്കെ നാരായണാർച്ചനകൾ നാരായണനല്ലാതെ മറ്റൊന്നുമില്ല കബീർദാസ് ഒരു പറയുന്നു കാണുന്നതൊക്കെ രാമനായിട്ട് തീർന്നു ഒരു അഭംഗത്തില് തുക്കാരോഹം പറയുന്നു ജാഗ്രത്തിലും സ്വപ്നത്തിലും ഒക്കെ പാണ്ഡു രംഗം കാണുന്നതൊക്കെ ആ പാണ്ഡു എല്ലാരും കോപ്പി അടിച്ച പോലെയാ പാടുന്നത് ഒരാൾ ഒരാൾ കണ്ടിട്ട് എഴുതിയതല്ല എല്ലാരും മാണിക്യവാചകർ എന്ന് ശിവഭക്തൻ പാടി ഇതേ ശ്ലോകത്തിനെ തമിഴില് ട്രാൻസ്ലേറ്റ് ചെയ്ത പോലെ പാടി വിണ്ണാകി മണ്ണാകി ഒളിയാകി വളികാകി ഊണാകി ഉയരാകി ഉണ്മയുമായി ഇന്മയുമായി കോനാകി യാൻ എന്നത് ഇൻപവറി കൂത്താട്ടുവാനാകി നിന്ദ്രനയെ എൻസൊല്ലി വാഴ്ത്തുവനെ ഞാൻ എങ്ങനെ സ്തുതിക്കും ആകാശമായി ഭൂമിയായി ജലമായി സർവചരാചരങ്ങളുമായി നിൽക്കുന്ന പ്രഭു ആ പ്രഭു തന്നെ ഓരോ ജീവനെയും ഞാൻ എന്റെ എന്നൊക്കെ പറഞ്ഞ് നർത്തകം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെ സ്തുതിക്കും അവ ചരാചരാത്മാവായി മുമ്പിൽ പ്രകാശിക്കുന്നു ഹരിയുടെ ശരീരമായി തീരുന്നു വിശ്വം അത്തരത്തിലുള്ള സ്ഥിതിയിൽ ഭക്തിഹി പരേശാനുഭവ വിരക്തിഹി ഭക്തി ഉണ്ടാവുന്നു പരേശാനുഭവം ജ്ഞാനം ഉണ്ടാവുന്നു ലോക വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവുന്നു ഭാഗവതത്തിൽ എന്താണ് പുതിയതായിട്ടുള്ളത് മറ്റു പുരാണങ്ങളിൽ ഇല്ലാത്തത് ഒരു ചോദ്യം എന്തുകൊണ്ട് വ്യാസന് മറ്റു പുരാണങ്ങൾ എഴുതി തൃപ്തി വന്നില്ലേ ആ ഭാഗവതത്തിൽ എവിടുന്ന് തൃപ്തി വന്നു കാരണം എന്താന്ന് വെച്ചാൽ മറ്റു പുരാണങ്ങളിൽ വ്യാസഭഗവാൻ വ്യാസഭഗവാന്റെ പുരാണം എഴുതുന്നതിന്റെ ഉദ്ദേശം ഉപനിഷത്തിൽ പറയുന്ന ആ ആത്മതത്വത്തിനെ എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ ലോകത്തിന് അറിയണം അപ്പോ മറ്റു പുരാണങ്ങളിലൊക്കെ വ്യാസൻ എന്ത് ചെയ്തു പല വേദാന്തവും ഭഗവത് ഭക്തിയും ഒക്കെ പറഞ്ഞുവെങ്കിലും ഇതൊക്കെ ലോകത്തിന് ഉപയോഗപ്പെടും മകൾക്ക് കല്യാണം കഴിയും കുട്ടികളുണ്ടാവും കാമനങ്ങൾ ഫലശ്രുതികൾ ധാരാളം പറഞ്ഞു ജോലി കിട്ടും പണം കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വ്യാസന് തന്നെ ഉള്ളിൽ കുത്തൽ ഈ പറയുന്നത് ശരിയല്ലാന്ന് എല്ലാരെയും ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് പകരം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു ഞാൻ തൃപ്തിയില്ല അതുകൊണ്ട് വ്യാസന തൃപ്തി വന്നില്ല ജനങ്ങൾക്കും അതൊക്കെ വായിച്ച് എന്തോ ചെയ്യുന്നു ഭക്തി വരുന്നില്ല ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാവുന്നു ഇന്നത്തെ നമ്മളുടെ വേദാന്ത ലോകത്തിലും ഇത് നടക്കുന്നുണ്ട് വേദാന്തത്തിനെ ലോകത്തിൽ കൊണ്ടുപോയി കലക്കുക ചെയ്യേണ്ടത് എന്താണ് ലോകത്തിനെ വേദാന്തത്തിൽ കൊണ്ടുപോയി ഭസ്മമാക്കണം വേദാന്തത്തിൽ കൊണ്ടുപോയി ലോകത്തിനെ യു ഹാവ് ടു ബേൺ വേൾഡ് ഇൻ ഞാന ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ആർ ബ്രീ അഡൾട്ടറേറ്റിംഗ് ഞാന വിത്ത് വേൾഡ് ജ്ഞാനത്തിനെ ലോകത്തിൽ കൊണ്ടുപോയി കലക്കാൻ പാടില്ല ലോകത്തിനെ ജ്ഞാനത്തിൽ കൊണ്ടുപോയി ഭസ്മമാക്കണം അപ്പൊ വ്യാസൻ ആദ്യ പുരാണങ്ങളിലൊക്കെ ചെയ്തത് ജ്ഞാനത്തിനെ ലോകത്തിൽ കൊണ്ടുപോയി കലക്കി അപ്പൊ എന്തായി ലോകത്തിനും പ്രയോജനപ്പെട്ടില്ല വ്യാസനും തൃപ്തി ഉണ്ടായില്ല നാരദ മഹർഷി വന്ന് പറഞ്ഞു വ്യാസരെ അബദ്ധം ചെയ്തു ജുഗുപ്സിതം വെറുക്കാൻ വെറുക്കേണ്ട കാര്യമാണ് ചെയ്തതങ്ങന്നാണ് ഇങ്ങനെ ചീത്ത പറയാൻ പാടുമോന്ന് നാരദന് സഹിച്ചില്ല ജുഗുപ്സിതം ജുഗുപ്സെന്ന് വെച്ചാൽ വെറുപ്പ് അത് നിങ്ങൾ ചെയ്തത് അത്ര വലിയ തെറ്റാണ് ളുകളുടെ ബുദ്ധിയൊക്കെ കേടുവന്നു ഇനിയിപ്പോ അങ്ങ് തന്നെ മാറ്റി പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കില്ല അങ്ങ് തന്നെ ഇനിയിപ്പോ ഇങ്ങനെയല്ല ഭഗവാനാണോ മുഖ്യം എന്ന് പറഞ്ഞാലും കേൾക്കില്ല അത്രയധികം തെറ്റു വരുത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഭാഗവതം എഴുതുക അതിൽ ലോകത്തിനെ ഭഗവാനിൽ കൊണ്ടുപോയി ഇല്ലാതാക്കണം അതിനുവേണ്ടി ഭാഗവതം എഴുതു ലോകത്തിൽ ഭഗവാനെ കൊണ്ടുവന്ന് കലക്കാൻ പാടില്ല ഭഗവാന് ലോകത്തിനെ കൊണ്ടുപോയി ഇല്ലാതാക്കണം എന്നാലേ തൃപ്തി വരുകയുള്ളൂ അതാണ് ഭാഗവതത്തിൽ ചെയ്ത റെവല്യൂഷൻ അപ്പൊ ഭക്തിക്ക് പ്രാമുഖ്യം അല്ലാതെ ഫല ചിന്തയ്ക്ക് പ്രാമുഖ്യമല്ല എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭക്തിക്ക് പ്രാമുഖ്യം അങ്ങനെയാണെങ്കിലേ മനുഷ്യർക്കും സന്തോഷമാവുള്ളൂ അല്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്കൊക്കെ അതെ നമ്മളൊക്കെ ലൗകികന്മാരാണെങ്കിൽ നമുക്ക് പല ഈ കാമ്യപുരാണങ്ങളൊന്നും ആരും രുചിച്ചു വായിക്കുന്നില്ല എല്ലാവർക്കും ഭാഗവതം ഇതൊക്കെ വേണ്ടിയിരിക്കുന്നു ഭക്തന്മാരുടെ ശുദ്ധമായ കീർത്തനങ്ങളെ നിൽക്കുന്നുള്ളൂ അല്ലെ എന്താ മനുഷ്യന്റെ അന്തരാത്മാവിന് സത്യമറിയാം പുറമേക്ക് വേണമെങ്കിൽ കാമനകളൊക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ എന്നാലും നമ്മളുടെ ഹൃദയത്തിന് വേണ്ടത് ഭക്തിയാണ് അപ്പൊ ആ ഭക്തി പരേശാനുഭവ വിരക്തിഹി ഇത് ജ്ഞാനം ഭക്തി വൈരാഗ്യം ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ പൂർണ്ണമാവില്ലേ ജ്ഞാനം ഉണ്ടാവണം ഭക്തി ഉണ്ടാവണം വൈരാഗ്യം ഉണ്ടാവണം മൂന്നും ചേർന്നാലേ പൂർണ്ണമാവുകയുള്ളൂ അതാണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം മൂന്നും ഈ ഭാഗവതധർമ്മത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്ക് ഒരേ സമയത്തുണ്ടാവും എന്നാണ് പ്രപദ്യമാനസ്യ ശരണാഗതി ചെയ്യുന്നവന് ഭക്തി വിരക്തി ഭഗവത് പ്രബോധിന്തി വൈ ഭാഗവത രാജൻ തത പരാ ശാന് ഉപൈതി സാക്ഷാത് ഇങ്ങനെ എല്ലാ ഭാവഭക്തികളും കടന്നാൽ ജ്ഞാനം ആ ജ്ഞാനം എന്താണ് ഇറ്റ് ഈസ് നോട്ട് ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പരാം ശാന് പരമമായ ശാന്തി നിറഞ്ഞു തുളുമ്പുന്ന ശാന്തി നിറഞ്ഞു നിൽക്കുന്ന ശാന്തി ആ ശാന്തി ഭക്തിയുടെ പരമകാഷ്ടയിൽ ഈ ഭക്തന്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നു ആ ശാന്തി തന്നെയാണ് ബ്രഹ്മം ശാന്തോയം ആത്മ ആ ശാന്തി തന്നെയാണ് ബ്രഹ്മം ആ ശാന്തിയെ ഭക്തൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് കവി എന്ന യോഗീശ്വരൻ ഗോവിന്ദമസങ്കീർത്തനം നിർത്തി അത്രേ ഉള്ളൂ കഴിഞ്ഞു രാജാവിന് തൃപ്തി വന്നില്ല ഒമ്പത് പേരിൽ ഒരാളായി ഇനി എട്ട് പേരുണ്ട് അടുത്ത ആളുടെ പേര് ഹരി എന്നാണ് ഹരി വെച്ചാൽ ഭഗവാന്റെ പേര് അദ്ദേഹത്തിനോട് പോയി അങ് ആരാണ് ചോദിച്ചാൽ ഹരി എന്ന് പറയൂ ആ സ്ഥിതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് താൻ ഹരിയല്ലാതെ തന്റെ ഒരു പേഴ്സണാലിറ്റി ഇല്ല അങ് ആരാണ് ഹരി ലോകത്തിൽ എന്താണോ ഉള്ളത് ഹരി അങ്ങയുടെ അച്ഛനാരാണ് ഹരി അമ്മയാരാണ് ഹരി പിതാഹം അസ ജഗത മാതാ പിതാമഹ വേദ്യം പവിത്രം ഓക്സാമയ യജുരേവ ഗതി ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃ പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം എല്ലാം ഹരിയാണ് അങ്ങനെ ഐക്യഭാവത്തിൽ നിൽക്കുന്ന ഹരി എന്ന യോഗീശ്വരനോട് മുമ്പിൽ ചെന്ന് രാജാവ് നമസ്കരിച്ചു അത ഭാഗവതം ബ്രൂതം യദ്ധർമ്മോ യാദൃശോ നൃണാം യഥാചരതിയത് ബ്രൂതേ യൈർലിംഗൈ ഭഗവത് പ്രിയ ഭാഗവതം ബ്രൂത്ത് ഭാഗവതം പറഞ്ഞു തരാ എന്ത് ഭാഗവതം യൈർ ലിംഗൈ ഹി ഭഗവത് പ്രിയ എങ്ങനെയാണെങ്കിൽ ഭഗവാന് നമ്മളെ ഇഷ്ടപ്പെടുവോ അങ്ങനെ എനിക്ക് ഭഗവാനെ ഇഷ്ടപ്പെടുന്നതല്ല ഭഗവാന് എന്നെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും ആ വസ്തുവിനെ എടുത്തു വയ്ക്കും അല്ലെ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടാൽ കൃഷ്ണൻ കട്ടുകൊണ്ടുപോകും ഹൃദയത്തിൽ വെണ്ണയുണ്ടെങ്കിൽ ആ വെണ്ണയെ കൃഷ്ണൻ കട്ടുകൊണ്ടുപോകും ഹൃദയമാവുന്ന വെണ്ണയാണ് കൃഷ്ണൻ മോഷ്ടിക്കുന്നത് ചില വീടുകളിൽ വന്നാൽ വെണ്ണ കിട്ടിയിട്ടില്ലെങ്കിൽ കൃഷ്ണൻ എന്തു ചെയ്തു ഭാഗവതത്തിൽ പറയുന്നു തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ നുള്ളിവിട്ടിട്ട് പോയി അത്രേ ഗൃഹകുപിതഹായാധി ഉപക്രോശ്യ തോക്കാൻ ആ ലീല കണ്ടാൽ എല്ലാവർക്കും തോന്നും എന്തിനാ ഭഗവാൻ ഈ കൊച്ചുകുട്ടിയെ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ നുള്ളിവിട്ട് വേദനിപ്പിക്കണോ ഗൃഹകുപിതഹ എന്നാണ് അതായത് ആ വീട്ടിനോട് കോപിച്ചു കുട്ടിയെ നുള്ളിവിട്ടു കാരണം എന്താ ഇവിടെ വെണ്ണയില്ല എന്താ അർത്ഥം ഭഗവാൻ ഓരോ ഹൃദയത്തിലും ഭക്തിയാവുന്ന വെണ്ണയുണ്ടോ എന്ന് പ്രത്യേകിച്ച് വളരെ പക്വമായ ഒരു ജീവൻ ആ ജീവൻ ഈ ലോകത്തിൽ ജനിച്ച് തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തൈര് കടഞ്ഞു വെണ്ണ എന്ന് വെച്ചാൽ എന്താ പാല് കടഞ്ഞാ വെണ്ണ കിട്ടില്ല പാല് എന്താണ് സാധാരണ മനസ്സ് പാല് പാലിൽ മോര് അല്പം ഒരയായിട്ട് ഒഴിച്ചാൽ തൈരാകും സാധാരണ മനസ്സ് മഹാത്മാക്കളുടെ സംഘത്തിൽ വരുമ്പോ അതിൽ വിവേകമാവുന്ന ഒരു തുള്ളി മോര് വീഴും തൈരായിട്ട് തീരും തൈരായിട്ട് തീർന്നാൽ പിന്നെ എന്ത് വേണം ഏകാന്തത്തിൽ ഇരുന്ന് ഗോവിന്ദ ദാമോദര മാധവേദി കടഞ്ഞ് വെണ്ണയെടുക്കണം കടന്ന് വെണ്ണയെടുക്കൽ എന്താ ഈ വിവേകം ഉദിച്ചു കഴിഞ്ഞാൽ ശരീരം വേറെ ആത്മാവേറെ എന്ന് അറിയണം അപ്പൊ ഹൃദയത്തിനെ കടയും ഹൃദയത്തിനെ കടയുമ്പോ ഹൃദയത്തിൽ പ്രേമമാവുന്ന വെണ്ണ ഉദിക്കും ഉദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാതെ കൃഷ്ണൻ ഉള്ളിൽ പ്രവേശിച്ച് ആ വെണ്ണയെ മോഷ്ടിക്കും അങ്ങനെ ആ വെണ്ണ കടഞ്ഞു വെച്ചിട്ടില്ലയോ അവരുടെ വീട്ടിൽ കുട്ടിയെ നുള്ളിവിടുന്നാണ് കുട്ടിയെ നുള്ളിവിടുക എന്ന് വെച്ചാൽ മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ ആവുക വിപരീതമാവുക കുടുംബ ദുഃഖങ്ങളുണ്ടാവുക പണം നഷ്ടപ്പെടുക ഇതൊക്കെ ഭഗവാന്റെ ഇന്റിമേഷനാണ് കംട്ടുമി കംട്ടുമി You are wasting your life. Kuttyyale Nulli Vidyaan Vachal, Edil Ukkha Nammal Attachar Aitrundo. Kabila Vasudevan, Devahudhiyodu Parainu Amme, Edil Uri Jeevan Attachar Aitrundo, Adini Ukkha Tam Tam Dhunodhi Bhagavannan. Adini Ukkha Adikimnaan. മക്കളോട് അറ്റാച്ച്മെന്റോ മക്കളിനെ അടിക്കുക പണത്തിനോട് അറ്റാച്ച്മെന്റോ പണം പറിച്ചുകൊണ്ടുപോവുക ഭാര്യയോട് അറ്റാച്ച്മെന്റോ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഭർത്താവിനോട് അറ്റാച്ച്മെന്റോ ഭർത്താവിന് എന്തെങ്കിലും വിഷമം അറ്റാച്ച്മെന്റ് ദോഷമല്ല ഭക്തനെ സംബന്ധിച്ച് അറ്റാച്ച്മെന്റ് ദോഷമല്ല അറ്റാച്ച്മെന്റ് ഭക്തിക്ക് മേലെ നിൽക്കുകയാണെങ്കിലേ ദോഷമുള്ളൂ നല്ലവണ്ണം അറിഞ്ഞോള്ളണം അറ്റാച്ച്മെന്റ് ദോഷമല്ല അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ലോകത്തിൽ ആർക്ക് ജീവിക്കാൻ പറ്റും അറ്റാച്ച്മെന്റ് അല്ല ദോഷം അറ്റാച്ച്മെന്റ് ഭക്തിയെക്കാളും പ്രാമുഖ്യവും കൊടുക്കപ്പെടുകയാണെങ്കിൽ ആ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വസ്തു ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടോ അവരെ നോക്കാതെ വേറെ ഏതെങ്കിലും കുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ കുട്ടിയെ പോയി അടിക്കും കണ്ടിട്ടുണ്ടോ നമ്മളുടെ വീട്ടിൽ കുട്ടിയുള്ളപ്പോ അടുത്ത വീട്ടിലെ കുട്ടിയെ ലാളിച്ചാൽ ആ കുട്ടിയെ അടിക്കും അല്ലെങ്കിൽ അമ്മയെ അടിക്കും അതേപോലെയാണ് ഭഗവാൻ എന്നാണ് ഭഗവാനെ ശ്രദ്ധിക്കാതെ വേറെ ആരില്ലെങ്കിലും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയാണെങ്കിൽ നുള്ളിവിടുന്നതാണ് യാതീ ഉപക്രോശ്യ തോകാന് ഗൃഹകുപിതാ ആ ഗൃഹത്തിനോട് കോപിക്കും എന്നാണ് എന്ന് വെച്ചാൽ ഭഗവാൻ പറയാൻ ഈ ഭക്തി തരാ ഈ ലോകത്തിൽ എന്തിന് ജീവിക്കുന്നു ഭഗവാന് വിശപ്പാണ് അത്രയും ഭക്തിക്ക് വേണ്ടിയുള്ള വിശപ്പ് ഭക്തി എന്താ അസത്തിനോടുള്ള വൈരാഗ്യവും സത്തിനോടുള്ള ശ്രദ്ധയുമാണ് ഭക്തി സത്തിനെ ശ്രദ്ധിക്കാതെ അസത്തിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ സത്സ്വരൂപനായ ഭഗവാൻ അസത്തിനെ അടിച്ചു പൊളിക്കും അത് അനുഗ്രഹമാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം അറിയാതെ അസത്തിനെ താനെന്ന് കരുതുമ്പോൾ അസത്തിനെയൊക്കെ ഭഗവാൻ തല്ലി പൊട്ടിക്കും ഒരാൾ പഴശ്ശിരാജാവായിട്ട് നാടകത്തിൽ നടിച്ചു ഇറങ്ങി വന്ന വേഷം അഴിച്ചു വെക്കണില്ല ഞാൻ പഴശ്ശിരാജാവാണെന്ന് പറയാ വാളൊന്നും അഴിക്കണില്ല എന്തു ആളുകളൊക്കെ പിടിച്ച് നല്ല അടി കൊടുത്തു വസ്ത്രം അഴിച്ചു വാങ്ങിച്ചു വാള അഴിച്ചു വാങ്ങിച്ചു വാടക കൊടുക്കണം ഇതിനൊക്കെ എന്തിനാ അയാളുടെ സ്വരൂപം കാണിച്ചു കൊടുക്കാൻ അല്ലേ അയാൾ യഥാർത്ഥത്തിൽ അതുപോലെ ഭഗവാനും എന്ത് ചെയ്യും നമ്മൾ ഓരോന്നും ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ തല്ലി നമ്മളിൽ നിന്ന് വേർപിരീക്ഷ മാറ്റും നമുക്ക് വേദനിക്കും വേദനിക്കുന്നത് വേർപിരിക്കുന്നത് കൊണ്ടല്ല നമ്മളുടെ അറ്റാച്ച്മെന്റ് കൊണ്ട് വേദനിക്കും അപ്പോ ഭക്തിക്ക് തടസ്സമായിട്ടുള്ളത് വിരക്തി ഉണ്ടായാൽ ഭക്തിക്കത് പോഷണം ആസക്തി തടസ്സം ഭക്തി ആസക്തി ഭഗവാനോട് വയ്ക്കണം എന്നിട്ടോ കുട്ടികളോട് പ്രിയം വെക്കണം ഭഗവാന്റെ കുട്ടികൾ വീട്ടിനോട് എല്ലാവരോടും എല്ലാവരും മാതാജ് പാർവതിദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാഹ ഇവരൊക്കെ ബന്ധുക്കളാണ് എല്ലാരോടും പ്രിയം ആ പ്രിയത്തിന് കുറവേ ഇല്ല പക്ഷെ പ്രിയം ഭഗവത് ഭക്തിയെക്കാളും മേലെ പോവില്ല സുന്ദരമൂർത്തിസ്വാമികൾക്ക് ഇത്രയും വലിയ ഭക്തന്റെ കഥ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇത്ര ഭഗവാൻ ആൾക്കൊണ്ട ശേഷം ഭഗവാൻ പിടിച്ചെടുത്ത ശേഷമാണ് ആ പറവേനാച്ചിയാറെ കണ്ടപ്പോ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു അത് അദ്ദേഹത്തിന്റെ ദൌർബല്യം ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് വിവാഹം കഴിച്ചു തരണം രണ്ടാമത് ഈ കണ്ടപ്പോൾ വിവാഹം കഴിക്കണം ഇത് പ്രാരബ്ധമാണ് പൂർവ്വ പ്രാരബ്ദം രണ്ടും പറഞ്ഞ ആള് ഈ ചങ്കിലിനാച്ചിയാർ പ്രതിജ്ഞ ചെയ്തിട്ടും ലംഘനം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പോയി അല്ലേ ഇന്നലെ കഥ പറഞ്ഞു നമ്മൾ പ്രതിജ്ഞയും ലംഘിച്ചു പോയി അപ്പൊ പ്രാമുഖ്യം ലോകത്തിനല്ല ലോകം പ്രാരബ്ധം പ്രാമുഖ്യം ഭഗവാനും ഭക്തിക്ക് പ്രാമുഖ്യം ലോകം പ്രാരബ്ധം നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലതും ചെയ്യും പക്ഷേ അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല ഇമ്പോർട്ടൻസ് ഭക്തിക്കേ ഉള്ളൂ എങ്കിൽ ഭഗവാനൊന്നും നമ്മളെ ദ്രോഹിക്കില്ല അല്ലെങ്കിലോ ലോകത്തിൽ എന്തിനെ പിടിച്ചാലും അതിനൊക്കെ തടസ്സം നാണം ത്രൈവർഗികയാസ വികാതമസ്മത് പതിർവിദത്തേ തഥോനുമയോ ഭഗവത് പ്രസാദ യോ ദുർഭോ അകിഞ്ചന ഗോചറോന്നീ വൃത്രോവാഖ്യാനത്തിൽ വൃത്രൻ പറയുന്നു എല്ലാത്തിനും തടസ്സം വരുത്തുന്നതാണോ ഭഗവാൻ തടസ്സം വരുത്തുമ്പോൾ ലോകത്തിലുള്ളവർ ചോദിക്കും ഞാൻ ഇത്രയധികം നാമം ജപിച്ച് അമ്പലത്തിൽ പോയി എനിക്കെന്തിനീ വിഷമം വൃത്രൻ പറയണത് ആ തടസ്സം വരുമ്പോ അനുമേയഹ ഭഗവത് പ്രസാദ ഇത് ഭഗവാന്റെ പ്രസാദമാണെന്ന് അറിഞ്ഞോളണം ഭഗവാൻ എന്നെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് ലോകത്തില് ഈ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ചത് മതി കുഞ്ഞെ എന്റെ അടുത്ത് വരൂ ഭക്തി ചെയ്യൂ ആ ഭക്തി വിരക്തി പ്രബോധം മൂന്നും ഒരേ സമയത്ത് ഉണ്ടാവണം അപ്പൊ ഭഗവാന് നമ്മൾ പ്രിയമായിട്ട് തീർന്നാൽ നമ്മൾ സ്വതന്ത്രരായി ഭഗവാൻ നീ എന്നെ ചേർന്നവൻ എന്ന് നമ്മളോട് ഒരിക്കൽ മന്ത്രിക്കുകയാണെങ്കിൽ നമ്മൾ സ്വതന്ത്രരായി ഇൻസ്പൈറ്റ് ഓഫ് ഓൾ അവർ വീക്ക്നസസ് വി ആർ ഫ്രീ എല്ലാം മാറിയിട്ടല്ല എല്ലാ ദൌർബല്യത്തോടുകൂടെയും എല്ലാ കുഴപ്പങ്ങളോടുകൂടെയും നമ്മൾ ഫ്രീ ആവും അല്ലാതെ ഇതൊക്കെ മാറിയിട്ട് ഫ്രീ ആവുകയാണെങ്കിൽ ഗൌഡപദാചാര്യർ പറയുന്നു സമുദ്ര ജലത്തിനെ ഗർഭ നോക്കുന്ന പോലെയാണെന്നാണ് ഓരോ തുള്ളിയായും എടുത്തുകൊണ്ട് ഒഴിച്ചിട്ട് ഒരിക്കലും സാധിക്കില്ല ശരണാഗതി വിത്ത് ഓൾ യുവർ വീക്ക്നസസ് യു സെറണ്ടർ ഇറ്റ് ഈസ് ഹിസ് ജോബ് ടു ക്ലീൻ യു ഭഗവാൻ കൊടുക്കാണ് ആ ഭാവമാണ് ഇവിടെ ചോദിക്കുന്നു എങ്ങനെ ഭക്തനെ അറിയാം ഭക്തി എങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെ ഭക്തിയുണ്ട് മൂന്നു വിധത്തിൽ ഭക്തി ഹരി എന്ന് യോഗീശ്വരൻ പറയുന്നു ഉത്തമ ഭക്തൻ മധ്യമ ഭക്തൻ ഇനിയോ പ്രാകൃത ഭക്തൻ അഥമ ഭക്തൻ ഇല്ല ആ ഭക്തിയിൽ ഉത്തമഭക്തൻ മധ്യമ ഭക്തൻ ക്ത മൂന്ന് തരത്തിൽ ഭക്തി ഉത്തമഭക്തൻ എങ്ങനെയിരിക്കുന്നു സർവഭൂതേഷു പശ്യേത് ഭഗവത്ഭാവം ആത്മന ഭൂതീഷവത പശ്യേത് സർവഭൂതങ്ങളിലും ഭഗവത്ഭാവം ഭഗവത്ഭാവം പശ്യേത് ഭഗവാനെ കാണുന്നു എങ്ങനെ കണ്ടു ആത്മനഹ ഭഗവത്ഭാവം തന്നിൽ ഭഗവാനെ കണ്ടാലേ പുറമേക്ക് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ കാണും ഇറ്റ് ബി എ കൺസെപ്റ്റ് ആദ്യം എന്റെ ഉള്ളിൽ ഭഗവാനെ കാണണം അപ്പോ വാസുദേവ സർവം ദൃഷ്ടിം ജ്ഞാനമയം കൃത്വ പശ്യേ ബ്രഹ്മമയം ജഗത് ദൃഷ്ടി ജ്ഞാനമയമായാൽ ജഗത് ബ്രഹ്മമയമായിട്ട് തീരും അപ്പൊ ആദ്യം ഭഗവാനെ എവിടെ കാണുന്നു ൃദയത്തിൽ എന്നിൽ എന്റെ ഉള്ളിൽ എന്റെ അന്തരാത്മ തന്നെ സച്ചിദാനന്ദ സ്വരൂപമായ വസ്തുവായി പ്രകാശിക്കുന്നു ഹൃദയത്തിൽ പ്രഭുവിനെ കാണുമ്പോ സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും ഭഗവാനെ കാണുന്നു ഇന്ന് ഭൂതങ്ങളെന്നില്ല സർവഭൂതങ്ങളിലും ആ ജീവചൈതന്യം തുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരനാണ് ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തോനായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം താനിതെന്ന വഴി തോനേണമേവരായണായ നമ എന്നിൽ അഹങ്കാരമടങ്ങിയാൽ ആത്മാ പ്രകാശിക്കും അപ്പോ അഖിലം താനിതെന്ന വഴി കാണുന്നതൊക്കെ ആത്മസ്വരൂപമായിട്ട് തോന്നും കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമായിട്ട് തോന്നുന്നു ജഗത്ത് മുഴുവൻ ഭഗവാനിലും ഭഗവാൻ ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നു പ്രഹ്ലാദന്റെ സ്ഥിതി പ്രഹ്ലാദനും ഹിരണ്യകശിപും ഒരേ സ്ഥലത്ത് നിൽക്കുന്നു പ്രഹ്ലാദൻ പറയുന്നു കാണുന്നതൊക്കെ നാരായണൻ ഹിരണ്യകശിപു എവിടെ എവിടെ കാണാനില്ല ഒരിടത്തും കാണാനില്ല തൂണ് തുരുമ്പ് പ്രഹ്ലാദൻ പറയുന്നു തൂണിലും തുരുമ്പിലും നാരായണ് ഹിരണ്യകശുപൂവിനും ഒരിടത്തും കാണാൻ ഹിരണ്യകശുപൂ ആണെങ്കിൽ കാണില്ല പ്രഹ്ലാദനാണെങ്കിൽ കാണും രണ്ടുപേരുടെയും ദൃഷ്ടിയിൽ വ്യത്യാസം രണ്ടുപേർക്കും ദൃഷ്ടിയിലാണ് വ്യത്യാസം അപ്പോ സർവഭൂതേഷു എ പശ്യേത് ഇത് ഉത്തമഭക്തൻ മധ്യമഭക്തനാരാ ഈശ്വരേ തദ്ധീനേഷു ബാലിശേഷു ദ്വിഷറ്റ്സു ചേമ മൈത്രി കൃപ ഉപേക്ഷ യഹ് സഹ ഈശ്വരനോട് ഭക്തി മധ്യമ ഭക്തന്മാരാണ് അധികവും ലോകത്തിൽ കാണുക ഉത്തമഭക്തന്മാർ അവധൂതന്മാരെ പോലെ ജ്ഞാനികളായി സർവസ്വതന്ത്രരായി ലോകത്തിലധികം കാണാനേ സാധ്യമല്ല അതുവരെ പോലെ നടിക്കുന്നവർ വേണമെങ്കിലും ഉണ്ടാവുമായിരിക്കാം പക്ഷെ പുറമേക്ക് അധികം കാണാൻ സാധ്യമല്ല അധികം പുറമേക്ക് കാണുന്നത് മധ്യമ ഭക്തന്മാരെ കാണാം ഈശ്വരനോട് ഭക്തി ഭക്തന്മാരെ കാണുമ്പോ മൈത്രിഭാവം ഇവരൊക്കെ നമ്മളുടെ കൂടെ ഉള്ളവരാണ് അതുകൊണ്ട് ഭക്തന്മാർക്ക് തനീകരിക്കാനേ വയ്യ എപ്പോഴും അവർക്ക് ഭക്തന്മാരുടെ കൂട്ട് വേണം മൈത്രിഭാവം ആരെങ്കിലുമൊക്കെ വേണം രാമകൃഷ്ണ പരമഹംസരും ഉത്തമഭക്തനായിരുന്നിട്ടും മധ്യമ ഭക്തന്റെ സ്ഥിതി അവലംബിച്ചുകൊണ്ടാണ് ലോകത്തിൽ ജീവിച്ചത് അദ്ദേഹം നേടേണ്ടത് നേടിയിട്ടും രാമകൃഷ്ണദേവൻ പറഞ്ഞു അദ്ദേഹം കൊച്ചുകുട്ടികളെ പോലെ തന്റെ ശിഷ്യന്മാരോടൊക്കെ അടയ്ക്ക് എനിക്ക് അഹങ്കാരമുണ്ടോ അപ്പൊ ഭക്തൻ മാസ്റ്റർ മഹാശൈ പറയും അങ്ങേക്ക് ഭക്തന്റെ അഹങ്കാരമുണ്ടോ പറയും എന്തെങ്കിലും ഒരു അഹങ്കാരവും ഇല്ല തനിയും സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല അല്പം ചേർക്കണം അപ്പൊ ഭക്തന്റെ അഹങ്കാരം രാമകൃഷ്ണദേവൻ പറയാതെ ഭക്തന്റെ അഹങ്കാരം വെച്ചുകൊണ്ടാണ് ഞാനിപ്പോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഭക്തിയുടെ രസം ആസ്വദിക്കണം ഭക്തന്മാരുടെ കൂട്ടു വേണം ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച അതുകൊണ്ട് അദ്ദേഹം ഭക്തന്മാരെ കാണാൻ എവിടെയെങ്കിലും ഒരാൾ ഭക്തനാണെങ്കിൽ അങ്ങോട്ട് പോകും കേശവചന്ദ്രസേനയെ കാണാനായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കണം പരമഹംസന് അദ്ദേഹത്തിന്റെ മരുമകനായ ഹൃദയ ചാറ്റർജിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അല്പം ഭക്തി ഉള്ള ആളാണെന്ന് അറിഞ്ഞ് കേശവചന്ദ്രസേനോട് പോയിട്ട് എനിക്ക് അദ്ദേഹത്തിനെ കാണണമെന്ന് പറയൂ അദ്ദേഹം താമസിക്കുന്ന ഒരു സ്ഥലം വീട്ടിൽ ചെന്ന് ഹൃദയം പറഞ്ഞു എന്റെ അമ്മാവൻ വന്നിട്ടുണ്ട് അദ്ദേഹം ഭക്തി ഭക്തി എന്ന് പറഞ്ഞ ഭ്രാന്താണ് നിങ്ങളെ കാണണം എന്ന് പറയണം അപ്പൊ കേശവചന്ദ്രസേൻ രാമകൃഷ്ണദേവനെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു കേശവചന്ദ്രസേനെ കാണാനായിട്ട് വരിക രാമകൃഷ്ണദേവൻ കേശവ ആളെ കണ്ടാ തന്നെ അദ്ദേഹത്തിന് അറിയാം കേശവചന്ദ്രസേന കണ്ടതും രാമകൃഷ്ണദേവൻ പറഞ്ഞു ആഹാ നിങ്ങൾ നിങ്ങളുടെ വാലുപോയിരിക്കണു വാലുപോയ മാക്കറി കേശവചന്ദ്രസേന കുച്ചുറ്റുള്ളവരൊക്കെ ചിരിച്ചു എന്താ അദ്ദേഹം പറയണത് വാലുപോയ മാക്രി എന്ന് വെച്ചാൽ ഈ മാക്കറി വെള്ളത്തിൽ ഇരിക്കുമ്പോ തവള തവള അത് ചെറിയ ഇതായിട്ടിരിക്കുമ്പോൾ വാലോടെ വെള്ളത്തിൽ മാത്രം ഇരിക്കും വാലു പോയാൽ അതിന് വെള്ളത്തിലും ഇരിക്കാം കരയിലും ഇരിക്കാം എന്നുവച്ചാൽ അഹങ്കാരം പോയാൽ അങ്ങനെയുള്ള ഭക്തന് ലോകത്തിലും ഇരിക്കാം ഭക്തിയിലും ഇരിക്കാം എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞതാണ് വാലു പോയിരിക്കണമെന്ന് ഈശ്വരചന്ദ്ര വിദ്യാസാഗരെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാമകൃഷ്ണദേവൻ പോയി തന്റെ ഭക്തന്മാരും ഒക്കെ തന്റെ കൂടെ വരുന്ന തന്റെ അടുത്തേക്ക് വരുന്ന ഭക്തന്മാരെ കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് അന്വേഷിച്ചുകൊണ്ട് പോകും അവരുടെ കൂട്ടില്ലാതെ പറ്റില്ല അദ്ദേഹത്തിന് നരേന്ദ്രനാഥിനെ വിവേകാനന്ദനെ നരേന്ദ്രനാഥിനെ കുറച്ചു ദിവസം കണ്ടില്ലെങ്കിൽ കരയാൻ തുടങ്ങും കേശവചന്ദ്രസേന സുഖമായി സീരിയസ് ആയിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ രാമകൃഷ്ണദേവൻ കാളിക്ക് നാളികേരവും മധുരവും നേർന്നു അത്ര സൂക്കോട് മാറണമെന്ന് ഞാങ്ങി നേർച്ച എന്തിനാന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് പോയി അമ്മയെ ഞാൻ ഇനി കൽക്കട്ടയിൽ പോയാൽ ആരുടെ അടുത്ത് വർത്തമാനം പറയും അതുകൊണ്ട് കേശവിന്റെ സൂക്കടൊക്കെ മാറ്റിത്തേക്കണം ഭക്തന്മാരുടെ സംഘം മൈത്രിഭാവം മൈത്രിഭാവം ഭക്തന്മാരെ കിട്ടണം അവരോട് വർത്തമാനം പറയണം ഭഗവത് വിഷയങ്ങൾ പറയണം അതിന് ആരെങ്കിലുമൊക്കെ കൂട്ടുവേണം നരേന്ദ്രനാഥനെ കുറച്ചു ദിവസം കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചു പോകും അവരുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോവും അപ്പോ മൈത്രിഭാവമാണ് ഭക്തന്മാരോടുള്ള മൈത്രിഭാവം ഭക്തന്മാർ അങ്ങനെ തന്നെ ജ്ഞാനേശ്വരനും നാമദേവനും കൂടെ നടത്തും അതേപോലെ അപ്പരസ്വാമികളും ജ്ഞാനസംബന്ധരും കൂടെ ചേർന്ന് നടത്തും മൈത്രിഭാവം ഈശ്വരെ തത് അധീനേഷു ബാലിശേഷു പ്രേമ മൈത്രി കൃപ ഭക്തിയില്ലാത്തവരെ കണ്ടാൽ ഇവർക്കും ഭക്തി വരില്ലേ എന്നൊരു ഭാവം കൃപ ഇവർക്ക് ഭക്തി വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപായം അവർക്കും ഭക്തി വരില്ലേ കൃപ അവർക്ക് ഭക്തി വരാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം രാമകൃഷ്ണദേവൻ തന്റെ ഭക്തന്മാർക്കൊക്കെ ഭക്തിപരാനായിട്ടും അവർക്ക് ശുദ്ധി വരാനായിട്ടും കാളിയോട് കരഞ്ഞു പ്രാർത്ഥിക്കും കൃപ എന്തെങ്കിലും കിട്ടാനാണോ അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഇവർക്ക് ഭക്തി വന്നിട്ട് പരമദുഷ്ടന്മാരുണ്ടാവും ഭക്തന്മാരെ ദ്രോഹിക്കാനായിട്ടുള്ളവരുണ്ടാവും വിരോധികളുണ്ടാവും അവരോട് ഉപേക്ഷ ചിലപ്പോ ഭക്തന്മാരുടെ വീട്ടിലെ അങ്ങനെയുള്ളവരുണ്ടാവും ഇപ്പൊ ത്യാഗരാജസ്വാമികളുടെ കഥയിൽ തന്നെ പറഞ്ഞു ഏറ്റൻ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നുവെങ്കിലും സ്വാമികൾക്കത് ഭക്തിക്ക് ആക്കം കൂട്ടി ബലം കൂട്ടി ൂട്ടി തുക്കാറാമന്റെ ഭാര്യ തക്കാറാമനോട് സ്നേഹമുള്ള ആളാണെങ്കിൽ പോലും തുക്കാറാമനെ പലവട്ടം ചീത്ത പറയും ചീത്ത പറയുമ്പോഴും തുക്കാറാം പാണ്ഡുരംഗനോട് പറയുന്നു കരുണ ഇങ്ങനെ ഒരു ഭാര്യ എനിക്ക് തന്നുവല്ലോ വളരെ സ്നേഹമായി എന്റെ കൂടെ നടന്നാൽ ഞാൻ അറ്റാച്ച്മെന്റോടുകൂടി വീണുപോകും ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അനുഗ്രഹമായിട്ട് തീർന്നു അതും അനുഗ്രഹം സോക്രേട്ടീസിന്റെ ഭാര്യ സോക്രേറ്റീസിനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും അത്ര എപ്പോഴും ഇദ്ദേഹം ഒരു ദിവസം ആറേഴ് മണിക്കൂർ ഭക്തന്മാരോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സ്ത്രീ അവസാനം ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഒഴിച്ചു കുറെ നേരം ചീത്ത വിളിച്ചിട്ടാണ് അപ്പൊ സോക്രട്ടീസ് ചിരിച്ചു കൊണ്ടു പറഞ്ഞു എവറി ടൈം ഇറ്റ് തണ്ട് ടുഡേ റെയിൻഡ് എപ്പോഴും ഇടിവെട്ടും ഇന്ന് മഴ പെയ്തു തോന്നണം തലയിൽ വെള്ളം വേണമെങ്കിൽ തലയുമൊക്കെ തണുത്തു ചൂടൊക്കെ തണുത്തു വിഷമിച്ചതേയില്ല അപ്പോ വിരോധമുള്ളവരോടും ഉപേക്ഷ പ്രഹ്ലാദനെ എത്രയധികം ഹിരണ്യ കശുപു ദ്രോഹിച്ചു അപ്പോഴൊക്കെ ഓരോ ഒരിക്കലും നമസ്കാരം ഹിരണ്യ കശിപ്പു മലയുടെ മേലെ ഉരുട്ടി ഉരുട്ടി കഴിഞ്ഞാൽ പ്രഹ്ലാദൻ പോയി നമസ്കരിക്കും വിഷം കൊടുത്തു വിഷം കുടിച്ചു കഴിഞ്ഞാൽ പ്രഹ്ലാദൻ പോയി നമസ്കരിക്കും കുന്തം കൊണ്ട് കുത്താൻ പറഞ്ഞു കുത്തിക്കഴിഞ്ഞാൽ പ്രഹ്ലാദൻ പോയി നമസ്കരിക്കും വിരോധമില്ല ഉപേക്ഷാഭാവം പക്ഷെ ഇത് സ മധ്യമഹാ ഉത്തമഭക്തിയിൽ വ്യവഹാരമേയില്ല മധ്യമ ഭക്തിയിൽ വ്യവഹാരം പ്രാകൃതഭക്തി എന്താ ഭഗവാൻ ഒരു മൂർത്തിയിൽ മാത്രം വിഗ്രഹത്തിൽ മാത്രം പ്രാകൃത ഭക്തിയിലാണ് എന്റെ സ്വാമി എന്റെ സ്വാമി എനിക്കിഷ്ടപ്പെട്ട ദൈവം നിങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവം ഞാൻ ആ അമ്പലത്തിലേക്ക് വരില്ല ഈ അമ്പലത്തിലേക്ക് പോവില്ല ഖാകർണൻ എന്നൊരു ഭക്തനുണ്ടായിരുന്നു ഘണ്ഡ എന്ന് വെച്ചാൽ മണി കർണത്തിൽ കെട്ടിയത് കൊണ്ട് ഖണ്ഡാകർണൻ ചെവിയിൽ മണി കെട്ടിയ ഭക്തൻ ശിവഭക്തനാണ് പക്ഷെ നാരായണ നാമം കേൾക്കാനെ പിടിക്കില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിള്ളാര് പുറകെ കൂടും അമ്മാവോന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കിയാ നാരായണ എന്ന് പറയുമത്രേ അത് കേൾക്കാതിരിക്കാൻ തലയിങ്ങനെ ആട്ടിക്കൊണ്ടേ നടക്കും ഇനി അടിച്ചുകൊണ്ടു അതുകൊണ്ട് അയാൾക്ക് ഖണ്ഡാകർണനെന്ന് പേര് ശിവനെ മുമ്പിൽ വന്ന് പറഞ്ഞു ഞാൻ വേറെയല്ല വിഷ്ണു വേറെയല്ല അപ്പോഴും കേട്ടില്ല ശങ്കരനാരായണനായി പകുതി ശിവനും പകുതി വിഷ്ണുവായി നിന്നപ്പോ വിഷ്ണുവിന്റെ ഭാഗത്ത് ശിവന്റെ ഭാഗത്ത് മാത്രം ദീപാരാധന ചന്ദനത്തിരി കാട്ടുമ്പോ ഒരു വശത്ത് മൂക്കടച്ചു പിടിച്ചിട്ട് ദൂരസി ദുർവന്തം മഹ ഇങ്ങനെ ഒരു ഭക്തൻ അവസാനം വിഷ്ണുഭക്തനാക്കി ചെയ്തു പരമേശ്വരൻ ബദ്രിയില് നടക്കി നിൽക്കുന്നുണ്ട് കരണാകരണൻ നിങ്ങൾ കാണാം ബദ്രിയിൽ പടികയറുന്ന സ്ഥലത്ത് അപ്പൊ അങ്ങനെ ഒരു ഭക്തൻ അതെ പ്രാകൃത ഭക്തൻ ഒരു വിഷ്ണു ഭക്തൻ ശിവൻകോവിലേക്ക് പോവില്ല ആന ഓടിച്ചു ഓടുന്ന സ്ഥലത്ത് അയാൾക്ക് കയർന്ന് കയറി രക്ഷപ്പെടണമെങ്കിൽ ഒരു ശിവക്ഷേത്രം മാത്രമേ ഉള്ളൂ ആനയുടെ നേരെ തിരിഞ്ഞു നിന്നു ആന ചവിട്ടിയാലും വേണ്ടില്ല പോവില്ല എന്നാണ് അസ്ഥിനാ താഡ്യമാനേ പി നഗച്ചേത് ശിവാലയം എന്നാണ് ആന ചവിട്ടിയാലും വേണ്ടത് അതിനകത്ത് പോലെയാണ് ഇതൊക്കെയാണ് പ്രാകൃത ഭക്തന്മാർ അവർക്ക് ഈശ്വരൻ ഒരേ ഒരു രീതിയിലേ ഉള്ളൂ അവരുടെ ഒരേ ഒരു ഭാവത്ത് ഒരേ സ്വാമിയുടെ ഭക്തന്മാർ പോലും ആ അമ്പലം വരെ ഈ വരെ നമുക്ക് ലോകത്തിൽ കാണാം ഗുരുവായിരപ്പനെക്കാളും ബലമുള്ളതാണ് ഞങ്ങളുടെ അവിടുത്തെ സ്വാമി ഞങ്ങളുടെ അവിടുത്തെ കൃഷ്ണന് ബലം പോരാ അതുകൊണ്ട് അവിടെ ഗുരുവായൂരിലേക്ക് പോകുന്നു അവരും ഭക്തന്മാരാണ് പക്ഷേ വേറെ വേറെ വേറെ വേറെ വേറെ പിന്നെ അവർക്ക് ഭക്തന്മാരുടെ സംഘത്തിലോ കഥകൾ കേൾക്കുന്നതിലോ വിഷയോ ഒന്നും രുചിയില്ല അർച്ചായാമേ ബഹരയേ പൂജാമ്യ ശ്രദ്ധയേഹത്തെ ശ്രദ്ധയുണ്ട് എവിടെ അമ്പലത്തിൽ സ്വാമിയുടെ അടുത്ത് അവിടെയെങ്കിലും ശ്രദ്ധ അതുകൊണ്ട് ഭക്തൻ എന്ന് പറഞ്ഞു അമ്പലത്തിൽ പോയി എന്തോ അവിടെങ്കിലും പോയി തൊഴുതിട്ട് കുങ്കുമം വാങ്ങിച്ച് അവിടുത്തെ തൂണിലോ അല്ല ക്യൂവിൽ മുമ്പിൽ നിൽക്കുന്ന ആളുടെ മുണ്ടിലോ തേച്ചിട്ട് വന്നാലും പോയി പോലോ അതുകൊണ്ട് അവനെയും ഭക്തൻ എന്ന് പറഞ്ഞു ഏതോ വിധത്തിലും ഒരു സമ്പർക്കം ഭഗവാനുമായിട്ട് അവിടെങ്കിലും ശ്രദ്ധയുണ്ടല്ലോ അവിടെയും ശ്രദ്ധയില്ലാത്ത ആളുകളുണ്ട് സ്വാമിയെ അവരെ കണ്ടാ പേടിക്കൂത്രേ ചിലപ്പോൾ ഒരു പൂജ ചെയ്യുന്ന ആളുകളായിട്ട് വന്നുകളയും ദേവസ്വം പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് സ്വാമിയുമില്ല ഒന്നുമില്ല കുളിച്ചു കുറ്റിത്തലയും കുടഞ്ഞ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം വിറച്ചുദേവൻ ചുമരോടലച്ചു നീരോവിലൂടെ ഗമനഞ്ചകാര പൂജാരി പൂജിക്കാൻ വരികയാണത്രേ കുളിച്ചു കുറ്റിത്തലയും കുടഞ്ഞ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം മന്ത്രമൊന്നുമില്ല ഉള്ളിലേക്ക് കുമ്പത്തിൽ വെള്ളമെടുത്തുകൊണ്ട് വന്നു വന്നപ്പോ ഭഗവാൻ വിറച്ചിട്ട് നീരോവിലൂടെ പുറത്തേക്ക് പോയി എത്ര എന്താ ഒരു ശ്രദ്ധയുമില്ല യാതൊരു വിശ്വാസവുമില്ല ജോലിയാണെന്ന് പറഞ്ഞ് ചെയ്യാണ് വെറും ജോലിയാണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അവരെക്കുറിച്ചല്ല ഉദ്ദേശിച്ചത് അറ്റ്ലീസ്റ്റ് അവിടെ ഒരു സ്ഥലത്തെങ്കിലും ഒരു ശ്രദ്ധ ഏതെങ്കിലും വിധത്തിൽ പ്രാകൃതമായിട്ടെങ്കിലും ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ അവൻ പ്രാകൃതഭക്തൻ ഗുരുവായൂരപ്പൻ ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞു ഉത്തമഭക്തി വേണം അല്ലെങ്കിൽ മധ്യമ ഭക്തി വേണം അതുമില്ലെങ്കിൽ ഗുരുവായൂരപ്പ ഒരു പ്രാകൃത ഭക്തിയെങ്കിലും കിട്ടട്ടെ എന്നാണ് ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാളും ഭൂതേഷു യേഷു ത്വൈക്യസ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേറ്റ് ത്വത്പ്രേമാ ത്വത്കമൈത്രി ജഡമതിഷു കൃപ ദ്സുഭൂയാ ഉപേക്ഷ അർച്ചാ സമർച്ചാ കുതുകം ഉരുതര ശ്രദ്ധയാ വർദ്ധതാ മേ ത്വം തഥാപി ദ്രുതം ഉപലഭതേ വിധത്തിൽ ഭക്തി ചെയ്തു തുടങ്ങിയാൽ ഒരു ചാൻസുണ്ട് ലക്ഷ്യത്തില അങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് ഭക്തലോകോത്തമത്വം अने तर भक्क्तन्नु इन उत्तम भक्तने्याख्या उत्तम भक्त लक्षण व्याख्यानिक देहन्द्रिय प्राणमनोधियाम्यो जन्माप्युभतर्षकृच्रैारधर्म अभीह्यन स्मृतिया हरे भागवत प्रधान നാമകീജ്യ ചേതസി സഭവ വാസുദേകനിലയ സ വൈ ഭാഗഭോത്ത ജന്മകർമ്മ്യ വർണ്ണശ്രമ ജാതി സജ്ജത്തെസ്ൻം വാവോ ദേഹേ വൈസ ഹരെ പ്രിയ പരയി വിത് ആത്മനിവാഭിതസമശ്രാത്ത സ വൈ ഭാഗഭോത്ത ത്രിഭുവന വിഭവഹേതേപ്പകുണ്ഠസ്മൃതി അജിതാത്മസുരാതി വിമൃഗ്യാദിനലതി ഭഗവത് പദാരവിന് ലവനിമിഷാർത്ഥമി സ വൈ വൈഷ്ണവഗ്രഹ ഭഗവത ഉരുവിക്മാരിഖാനഖമണിചന്ദ്രികയാരസ്താ ഹൃദി കഥുപീദതാ പുനഃസ പ്രഭവതി ചന്ദ്രവോദി അർക്കാപ വിസൃജതി ഹൃദയം യസാ ഹരി അവശാഭിഹിതോ അഗൗകനാശ പ്രണയരശനയാ ഇങ്ങനെ ഭാഗവതോത്തമന്റെ ലക്ഷണങ്ങളെ പറയാണ് അത് നമ്മള് നാളെ കാണാം നാളത്തെ പ്രഭാഷണത്തില് ഭാഗവത ലക്ഷണവും കഴിയുന്നതും നാളെ പറ്റുമെങ്കിൽ അവയോഗി ഉപാഖ്യാനം തീർത്താ വേണ്ടില്ല എന്ന് തോന്നും എന്നാൽ നമുക്ക് ഉത്തവഗീതയിലേക്ക് പോവാൻ സമയമുണ്ടാവുമായിരിക്കാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷപ്രാങ്കണരിങ്കണലോലമം യാക്കൽമനം ഭുവനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ govindam paramanandam